ോന്നിദ്വാസ്യാമ്യയാമോനാക്ഷോ ഗിരിജാം സമാർജൻ മതനാതുരചേതസ മനസ്സു മുഴുവൻ കാമം കൊണ്ട് പീഡിതരായ ഗോപികമാര് ഭവതംഗ്രിദാസ്യകാമയ ഗുരുവായപ്പനെ കൃഷ്ണനെ സേവിക്കാൻ വേണ്ടി മോഹിച്ചുകൊണ്ട് ആ ശരീരത്തെ ശുശൂഷിക്കണമെന്ന് മോഹിച്ചുകൊണ്ട് തങ്ങളുടേതായി കിട്ടാൻ വേണ്ടിയിട്ട് ഗിരിജാം അവര് ഗിരിജാദേവിയെ യമുരാതീരത്ത് മണൽ തീർത്തുകൊണ്ട് യമു ദേവിയുടെ രൂപമുണ്ടാക്കിക്കൊണ്ട് അവര് സമാർച്ചൻ വേണ്ട വിധത്തിൽ പൂജിച്ചുവെന്നാണ് അവന്റെ പൂജ പറയാണ് തവനാമകാരദാസമം നദിം ഉപഹാരൂജയൻ ോ നന്ദസുദോ ഭേദിതിർ ഗോവിമ സങ്കീർത്തനം കയണ മഹാമായേ മഹാഗിന്യീശ്വരീ നന്ദഗോപുതം ദീ പേ കുരുമ കാണ മഹാമായേ ീശ്വരീ നന്ദഗോപുതം ദേവി പതിമേ കുരുമ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം അങ്ങനെ ഗോപികമാര് തവനാമ കതാരദാസമം ഭഗവാന്റെ നാമങ്ങളും കഥകളും കീർത്തനം ചെയ്തതിൽ തൽപ്പരകളായിട്ടുള്ള അവര് പ്രാതുർഭാഗത സൂര്യരുദിക്കുന്നതിന് മുമ്പ് എണീറ്റ് തന്നെ അവർ യമുനാനദിയിലെത്തിക്കൊണ്ട് അവര് അവിടെ വെച്ച് ദേവിയെ പൂജിച്ചു കാത്യനി ദേവിയെ പൂജിച്ചു പരമശിവന്റെ പത്നിയായ ഗിരിജയെ കാത്യനി ദേവിയെ സങ്കല്പിച്ച് അവർ പൂജിച്ചു എന്താണ് പ്രാർത്ഥന ദൈതോ നന്ദസുതോ ഏ ദേവി ഞങ്ങൾക്ക് നന്ദസുധൻ ഭർത്താവായി തീരട്ടെ എന്ന് കാത്യായനി മഹാമായ മഹായോഗിന്യതീശ്വരീ ദേവി പതിമേ കുരുതേ നമ ഞങ്ങൾക്ക് നന്ദഗോപുധൻ ഞങ്ങൾക്ക് പതിയായി തീരട്ടെ എന്നീ പ്രാർത്ഥിച്ചു ഇത് കേട്ടപ്പോഴോ ഇതിമാസമുപാഹിതവ്രത തരളാക്ഷീരീക്ഷതാൻ കരുണാമൃതുലോനീതടം സമയാസീത മാസം ഉപാഹിതവ്രത ഒരു മാസം ആ വ്രതം അവരനുഷ്ഠിച്ചു എന്നാണ് രാവിലെ എണീറ്റു പോവും എന്നിട്ട് വസ്ത്രമൊക്കെ നദിക്കരയിൽ വയ്ക്കും മുങ്ങും എന്നിട്ട് മണലുകൊണ്ട് ദേവിയുടെ രൂപം ഉണ്ടാക്കും എന്നിട്ട് പ്രാർത്ഥിക്കും നന്ദഗോപുതം പതിംദേഹി എന്ന് പ്രാർത്ഥിച്ച് മുങ്ങി വസ്ത്രവും ധരിച്ച് അവർ പോരും ഇപ്രകാരം അവരെ അനുഗ്രഹിക്കണമെന്ന് കരുണാമൃതലോ നദീതടം അവരെ അനുഗ്രഹിക്കാൻ വേണ്ടി കണ്ണൻ ഒരുവായപ്പൻ ആ യമുനാനദി തടത്തിലെത്തിച്ചേർന്നു എന്നിട്ടോ നിയമാവസിതോ നിജാംബരം തടസീമനിയവമിച്ചത യമുനാജലേലാകുല പുരതസ്വാമവലോക്കല അവരാ വ്രതത്തിന്റെ അവസാനം വസ്ത്രം കഴിച്ചുവെച്ചു എന്നിട്ട് അവരെല്ലാം വെള്ളത്തിൽ മുങ്ങി കാത്യാ മഹാമായേ നന്ദഗോപുതം ദേവി പതിം എന്ന് പറഞ്ഞപ്പോഴേക്കും ഭഗവാൻ യമുനദി കലയിലെത്തി പുലാങ്കുള്ളിലെടുത്തങ്ങൾ വിളിച്ചു അവർ കാണുന്നത് കൃഷ്ണനെയാണ് പരസ്പരം ലജ്ജ കൊണ്ടും അതുപോലെ തന്നെ പ്രേമം കൊണ്ടും ആകർഷിതരായി കൃഷ്ണനെ ആലിംഗനം ചെയ്യുന്നുവെന്ന് വിചാരിച്ചിട്ട് അടുത്ത ഗോപിയെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങി കുറച്ചു നേരം അവരങ്ങനെ നിർവൃതരായി അത് കഴിഞ്ഞിട്ട് അവർ വീണ്ടും വസ്ത്രം ധരിക്കാതെയാണ് കുളിക്കുന്നതെന്നുള്ള ബോധം വന്നപ്പോ അവർ വേഗം വെള്ളത്തിൽ മുങ്ങി ആ സമയം ഭഗവാൻ എന്ത് ചെയ്തു മന്തികേതംരും തരസാതിരൂഢവാൻ ആ ഗോപിയന്മാർക്ക് പെട്ടെന്ന് ത്രിപ വന്നപ്പോ അവർക്ക് ലജ്ജ വന്നു ശരീരത്തിലെ വസ്ത്രമല്ലല്ലോ ആ ബോധം വന്നതും അവർ വെള്ളത്തിലേക്ക് കുനിഞ്ഞു മുങ്ങാൻ തുടങ്ങി ആ സമയം നോക്കി അന്തികെ നിഖിതം അമ്പരജാലം പരിഹരിക്കുക ഇവർ അഴിച്ചുവെച്ച വസ്ത്രമൊക്കെ എടുത്തുകൊണ്ട് ഭഗവാൻ തരസാത്വം പൂരു വിടവം അതിരൂഢവാൻ ഒരു മരത്തിന്റെ മുകളിൽ കയറി അവിടെ ഇരുന്നു എന്നിട്ട് കാലിന്റെ മുകളിൽ കാലൊക്കെ വെച്ച് പുല്ലാങ്ങുകളിലൊക്കെ പിടിച്ച് അങ്ങിനിരിക്കാൻ തുടങ്ങി ഇത് കണ്ട് ഗോപികമാര് നോക്കുമ്പോൾ അവരുടെ വസ്ത്രം ഭഗവാന്റെ കയ്യിലാണ് ഭഗവാനാണെങ്കിൽ മരത്തിന്റെ മുകളിലുമാണ് ഇനി വസ്ത്രമില്ലാതെ തടത്തിലേക്ക് കയറിയാലുള്ള ആ വിഷമം ഓർത്തുകൊണ്ട് ീയതാം വസനം വാസുദൃശോ യഥായം ഭ്രുവതി വ്യാമു ഹേ സുന്ദരിമാരെ സുദൃശ ഇഹതാവതു ഇവിടെ വന്നോളൂ വസനം യഥായുധം നീയതാം നിങ്ങളുടെ ഓരോരുത്തരുടെയും വസ്ത്രം ഏതേതാണെന്ന് വെച്ചാൽ അത് എടുത്തോളൂ ചോദിച്ചോളൂ ഇന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ നർമ്മബുസ്മിതെ പുഞ്ചിരിച്ചുകൊണ്ട് കള്ളച്ചിരിയും ചിരിച്ചുകൊണ്ട് പുല്ലാങ്കുളിലെ കരയിൽ തിരികിക്കൊണ്ട് അവരെ വല്ലാതെ ഇങ്ങോട്ട് മോഹിപ്പിച്ചു കളഞ്ഞു പറയുകയാണ് അവർക്കറിയാം അവിടെ വന്ന് എന്തായാലും വസ്ത്രം എടുക്കാൻ പോകുന്നില്ല എന്ന് കാരണം കുറച്ച് ദൂരെയുണ്ട് ദൂരണ്ടല്ലോ ഭഗവാനാണെങ്കിൽ മരത്തിന്റെ മുകളിലാണ് തിരിച്ചുകൊണ്ട് കൊടുക്കുന്ന പ്രശ്നവുമില്ല അങ്ങനെ അവര് ലജ്ജിതകളായിട്ട് നിന്നു അപ്പൊ അവര് ഭഗവാനോട് കെഞ്ചിരിക്കൽ അപേക്ഷിക്കുകയാണ് ജീവചിരം നീ ചിരങ്കം ജീവിക്കട്ടെ ദീർഘായുസവനായി തീരട്ടെ ഞങ്ങളിങ്ങനെ പരിഹസിക്കരുത് കളിയാക്കരുത് ഞങ്ങളെ അപമാനിക്കരുത് കൃഷ്ണ കാരണം ഈ പുലർച്ച സമയത്ത് വന്ന് രാവിലെ വന്ന് ഞങ്ങളിങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഭഗവാൻ ഞങ്ങളെ പരീക്ഷിക്കുന്നത് ശരിയാണോ നിങ്ങൾ ദാസികളല്ലേ തോഴികളല്ലേ എന്തും പറഞ്ഞാൽ അനുസരിക്കുന്നവരല്ലേ അതുകൊണ്ട് ദാസിശീകരവന്തിന് ഞങ്ങളിങ്ങനെ തളർത്തണം ഒരു കാര്യം ചെയ്യൂ പ്രതിശാംബരം അമ്പുജ ഏ അമ്പുദക്ഷണ ഞങ്ങൾക്ക് ഞങ്ങളുടെ വസ്ത്രം തന്ന് പോയാലോ ഉണ്ണി ഇവിടുന്ന് പോയിക്കോളും ഞങ്ങൾ വസ്ത്രം കൊടുത്തിട്ട് വരാമെന്ന് എന്നൊക്കെ പറഞ്ഞപ്പോ ഭഗവാൻ അവരോട് പറഞ്ഞു ഗോപിയമാരെ നിങ്ങൾ കയറി വന്ന് വസ്ത്രം ചോദിക്കാതെ ഞാൻ വസ്ത്രം തരുന്ന പ്രശ്നമില്ല അവരവരുടെ വസ്ത്രം അവരവർ വന്ന് എടുക്കണം എന്ന് പറഞ്ഞ് ഭഗവാൻ നിങ്ങളെ എന്തെല്ലാം പറഞ്ഞാലും ദാസികളാണ് തോഴികളാണ് എന്ത് പറഞ്ഞാലും തരുന്ന പ്രശ്നമില്ല വന്ന് കയറിടുക്കുക തന്നെ വേണം ഇത് പറഞ്ഞപ്പോ സമയം ഇങ്ങനെ സൂര്യവും ഒതിച്ചു വരികയാണ് ആ സമയത്ത് വരിങ്ങനെ വെള്ളത്തിൽ നഗ്നകളായിരുന്നാൽ ശരിയാവോ അവരെന്ത് ചെയ്തു നിവൃത്തിയില്ല കയറി വസ്ത്രമെടുക്കാൻ വേണ്ടി കയറുന്ന സമയത്ത് ഭഗവാൻ അവരോട് പറയാണ് ഏ ഗോപികമാരെ നിൽക്കും നിൽക്കും നിൽക്കും നിൽക്കും നിങ്ങൾ വലിയ അബദ്ധം ചെയ്തു എന്താണത് വസ്ത്രമില്ലാതെ നിങ്ങൾ യമുനയിൽ കുളിക്ക കാരണം നിങ്ങൾ വരുണനെയും എന്തിരിക്കുകയാണ് ഒരു മാസത്തെ പോയി ഫലമില്ല ഇനി നിങ്ങൾ അനുഷ്ഠിച്ച വ്രതത്തിന് ഫലം വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയുള്ളൂ എന്താണത് കൈരണ്ടും മൂർധാവിൽ വെച്ച് ഒന്നുകൂടി മുങ്ങി എന്നിട്ട് കയറി വന്നാൽ വസ്ത്രം തരാം അതിരൂഹ്യതടം കൃതാഞ്ജലി പരിശുദ്ധി വസനാന്യകിലാന്ഗ്രഹം പുനരേവം ഗിരമപ്യതാമുദാ കൃതാഞ്ജലി പരിശുദ്ധ കൈകുപ്പി ചിരസിൽ വെച്ചിരിക്കുന്ന ആ പരിശുദ്ധകളായിട്ടുള്ള ഗോപികമാരെ കണ്ടിട്ട് പറഞ്ഞു ഇതാ അഖിലാരി വസ്ത്രാനി ഇതാ നിങ്ങളുടെ ഓരോരുത്തരുടെയും വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞ് വസ്ത്രങ്ങൾ കൊടുത്തിട്ട് ഇപ്രകാരം പറയുകയും ചെയ്തു എന്താ പറഞ്ഞത് മുത്തരം ഹേ സുന്ദരിമാരെ നിങ്ങളുടെ സങ്കല്പം തീർച്ചയായിട്ടും മനീഷിതാം നിങ്ങളുടെ സങ്കല്പം തീർച്ചയായിട്ടും പൂർത്തീകരിക്കപ്പെടുന്നുണ്ട് അതിന് നിങ്ങൾക്ക് നിലാവ് നിറഞ്ഞ രാവുകൾ പൂർണ്ണ നിലാവുള്ള രാത്രി ഈ യമുനാനടി തരത്തിൽ വച്ചിട്ട് അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്ന് പറഞ്ഞ ഭഗവാൻ രാസക്രീഡയുടെ കാര്യം ഒരു എന്താണ് അവ്യക്തമായി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുത്തു ആ ഗോപിയമാര് ഭഗവാൻ പൂർണ്ണനിലാവുള്ള രാത്രികൾ നിങ്ങളുടെ കാമത്തിന് ഉത്തരം പറയും എന്ന് പറഞ്ഞപ്പോ എന്തോ ഞങ്ങൾക്കൊരനുഗ്രഹം കിട്ടാൻ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ഗോപിയമാര് ഭഗവാന്റെ മുഖത്തേക്ക് തന്നെ മുഖം വെച്ചുകൊണ്ട് മനസ്സുറപ്പിച്ചുകൊണ്ട് അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ അവര് വദനാബ്ജം ശനകൈ ഗൃഹം ഗതാ ഭഗവാനിൽ തന്റെ മുഖം വെച്ചുകൊണ്ട് അവരുടെ വീടുകളിലേക്ക് പോയി ഇപ്രകാരം ഇതി നന്നുഗ്രഹ്യ വല്ലവി വിപീനാദേശു പുരൈവ സഞ്ചരൻ കരുണാശിശി ഹരേ ഹര ത്വരയാമേ സകലാമയാവലിം ഇപ്രകാരം ആ വല്ലവിമാരെ അനുഗ്രഹിച്ചുകൊണ്ട് എല്ലാവരുടെയും ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും അരിച്ചുകൊണ്ട് മോഹങ്ങളെ പൂർത്തീകരിക്കുന്ന ഈ ഗുരുവായൂരപ്പ കാനണത്തിൽ സഞ്ചരൻ കരുണാശിശിര കാനത്തിൽ സഞ്ചരിക്കുന്ന കൃപാനിധിയായിരിക്കുന്ന ഗുരുവായപ്പ സകലാമയാവലിയും എന്റെ ഉള്ളിലുള്ള സകല രോഗങ്ങളെയും ഹരിച്ചാലും മറ്റ് കാമപീഠയെ ഹരിച്ച ഗുരുവായൂരപ്പ എന്റെ വാദപീഠയെ ഹരിച്ചാലും എന്ന് പട്ടതിരിപ്പാട് ആ അപ്ലിക്കേഷന്റെ കൂടെ തന്റെ അപ്ലിക്കേഷൻ കൂടി കൊടുത്തു ഇങ്ങനെ ഭഗവാൻ ഗോപികമാരെ അനുഗ്രഹിച്ച ലീലയാണ് വസ്ത്രാപഹരണ ലീല ഈ ലീല പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നൊരു ലീലയാണ് കാരണം പ്രായമുള്ള സ്ത്രീകളുടെ വസ്ത്രം മാറ്റിവെച്ച് ഭഗവാൻ അവരുടെ നഗ്നത കാണുന്ന ലീലയാണോ എന്നൊരു സംശയം പലർക്കും ഇതിൽ വന്നേക്കാം എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ ലീല ആടിയത് നമുക്കുണ്ടല്ലോ ഭാഗവതത്തിനെ താത്വികമായി മനസ്സിലാക്കാൻ പറ്റാത്തവരെ സംബന്ധിച്ച് കൃഷ്ണൻ സ്ത്രീകളുടെ കൂടെ ഡാൻസ് കളിക്കുകയും കൃഷ്ണൻ സ്ത്രീകളുടെ നഗ്നത കണ്ടതൊക്കെ തോന്നുമ്പോൾ നമ്മുടെ അവതാരമൂർത്തി ഇങ്ങനെയാണോ നമുക്ക് തോന്നും മനസ്സിലായില്ലേ എന്തിനാണ് കൃഷ്ണൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ഒരു പക്ഷേ നിങ്ങൾ ആലോചിച്ചു ഈ കാലഘട്ടത്തിലാണ് കൃഷ്ണൻ വസ്ത്രാഭരണ ലിയിലെ ചെയ്തതെങ്കിൽ ഈ ടു തൗസൻഡ് ചെയ്തതെങ്കിൽ നിങ്ങൾ എത്ര പേര് കൃഷ്ണനെ പൂജിക്കും ചോദ്യം മനസ്സിലായോ നമ്മുടെ കാലഘട്ടത്തിലാണ് കൃഷ്ണൻ ഈ പണി ഒപ്പിച്ചതെങ്കിൽ എത്ര പേര് കൃഷ്ണനെ അയാൾ അഴുകി കിടക്കുന്നുണ്ടാവള് പ്ലീ പിടിച്ച് ജയിലിൽ കൊണ്ടുപോയി ഇന്നത്തെ കാലഘട്ടത്തിൽ സമ്മതിക്കോ ക്രിമിനൽ കുറ്റമാണത് അപ്പോ എന്തിനാണ് ഇത്തരത്തിലുള്ള ലീലകളൊക്കെ ശ്രീശുഖബ്രഹ്മശ്രീ പരീക്ഷത്ത് മഹാരാജാവിനെ പറഞ്ഞ് അതിവിടെ പട്ടതിരിപ്പാട് എഴുതി വെച്ചിട്ടുണ്ടാവുക അതിന്റെ താത്വികമായ വശം നമ്മൾ മനസ്സിലാക്കും ഗോപികമാർക്ക് കൃഷ്ണനോട് ചേരണം അതാണ് അവരുടെ മോഹം ശരീരം ശരീരത്തിനോട് ചേരുന്നതാണ് കാമമെന്ന് പറഞ്ഞു ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളിലൂടെ സുഖമനുഭവിക്കും ഒരു ശരീരത്തിനും മറ്റൊരു ശരീരത്തോട് പൂർണ്ണമായി ചേരാൻ സാധ്യല്ല തൽക്കാലത്തേക്ക് ചേരാം പൂർണ്ണമായി ചേരാൻ സാധ്യല്ല അതുകൊണ്ട് കാമം കൊണ്ടൊരിക്കലും മനുഷ്യ മനസ്സിനെ തൃപ്തമാക്കാൻ സാധ്യത കാമത്തിൽ നിന്നും അതീതമായൊരു സ്റ്റേജാണ് ഇത് പ്രേമം എന്നുള്ളത് പ്രേമത്തിലേക്ക് ഉയരണമെങ്കിൽ മനുഷ്യ മനസ്സിൽ ലജ്ജവിടണം മനുഷ്യ മനസ്സിന് എന്തുണ്ടാവരുത് ലജ്ജയുണ്ടാവരുത് പ്രേമം കൂടുന്തോറും നമ്മുടെ ഉള്ളിൽ ലജ്ജ കുറയും ലജ്ജ എന്ന് പറഞ്ഞാൽ ശരീരബോധം കുറയും ശരീരബോധം കുറയും പറഞ്ഞാൽ ശരീരത്തിലൂടെയാണ് സുഖം കിട്ടുക എന്ന ചിന്ത അതില്ലാതെ തീരും ഇവിടെ രണ്ട് സുഖങ്ങളെ ഭഗവാൻ അവർക്ക് കാണിച്ചു കൊടുത്തു ഒന്ന് ശരീരത്തോട് ശരീരം ചേരുന്നൊരു സുഖം അതാണ് കാമസുഖം രണ്ടാമത് ശരീരത്തെ പോലും മറന്ന് മനസ്സ് പൂർണ്ണമായി ഭഗവാനിൽ രമിപ്പിച്ചുകൊണ്ട് അതിൽ കിട്ടുന്ന ഒരു പ്രേമസുഖം അപ്പൊ നമ്മുടെ ശരീരബോധം കുറഞ്ഞുകൊണ്ട് ശരീരത്തോടുള്ള ലജ്ജ കുറഞ്ഞുകൊണ്ട് ശരീരസുഖങ്ങളോടുള്ള ആകർഷണം കുറഞ്ഞുകൊണ്ട് മനസ്സ് പൂർണ്ണമായി ഭഗവാനിൽ രമിപ്പിക്കണം അതാണ് ഭഗവാൻ ഇവിടെ ആടിയ സൂക്ഷ്മമായ തത്വം ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പൊ നിങ്ങൾ കുറേ കൂടി മനസ്സിലാക്കൂ ശരീരം എന്ന് പറയുന്നത് ഒരു വസ്ത്രമാണ് ഈ ശരീരത്തിന് നമുക്ക് കാമവും തരാൻ സാധിക്കും ഭോഗവും തരാൻ സാധിക്കും യോഗവും തരാൻ സാധിക്കും കാമവും യോഗവും എന്ന് വെച്ചാൽ എന്താർത്ഥം ഇതേ ശരീരത്തെ നിങ്ങളൊരു ഭാഗത്തിരുത്തി ഇന്ദ്രിയങ്ങളെ അടച്ചുകൊണ്ട് ഭഗവാൻ ഗീതയിൽ പറയുന്നത് പോലെ യഥാസംഹരദേ ചായം കൂർമോങ്കാനീവ സർവശ ഇന്ദ്രിയാണ് ഇന്ദ്രിയാർത്ഥേവ്യ ഇന്ദ്രിയങ്ങളെ അടച്ചുകൊണ്ട് മനസ്സിനെ ഭഗവത് വിചാരത്തിലേക്ക് ഉയർത്തുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു സുഖം പ്രേമസുഖം അതിനും ആര് വേണം അതിനും ആര് വേണം ശരീരം ഇനി മറ്റൊരു വ്യക്തിയുമായി മുഴുകിക്കൊണ്ട് സുഖമനുഭവിക്കണമെങ്കിൽ അതിനും കാമം അതിനും ശരീരം വേണം അപ്പൊ ശരീരത്തിന് കാമവും തരാൻ സാധിക്കും ശരീരത്തിന് പ്രേമവും യോഗവും തരാൻ സാധിക്കും ഇതിനെ പറയും ഭോഗം യോഗം മനസ്സ് തിരിഞ്ഞാൽ അത് ഭോഗമാണ് മറുവശത്തേക്ക് മനസ്സിലെഞ്ഞാൽ അത് യോഗമാണ് രണ്ടും തരാൻ സാധിക്കുന്ന ഒന്നാണ് ശരീരം കാമം നേരത്തെ പറഞ്ഞു ഊർജം നശിപ്പിക്കും ശക്തി ചോർത്തിക്കളയും എന്നാൽ പ്രേമം യോഗം ശക്തി വർദ്ധിപ്പിക്കും ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ അവശ്യമാണ് ഒരു കുടുംബജീവിതം നയിക്കുന്നവന് കാമവും വേണം അവൻ ഭോഗവും വേണം അവൻ യോഗവും അനുഷ്ഠിക്കണം ഇത് രണ്ടും കൊണ്ടു നടക്കാൻ സാധിച്ചാൽ അവനെ ആത്മീയമായി ഉയർത്താൻ അവന് സാധിക്കും ഇനി ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കൂ അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവും സുഖം എന്ന് പറയുന്നത് ലയത്തിൽ കിട്ടുന്ന അനുഭൂതിയാണ് ഒരു ലയാനുഭൂതിയാണ് ഏത് വസ്തു നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് അതുമായി ലയിക്കണം നിങ്ങളുടെ മനസ്സ് ഡിസ്റ്റേബ്ഡ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊന്നും അനുഭവിക്കാൻ ആസ്വദിക്കാൻ സാധ്യല്ല നിങ്ങൾക്ക് അടപ്രതമൻ വളരെ ഇഷ്ടമാണ് ചോദിക്കുക വളരെ ഇഷ്ടമാണ് നിങ്ങൾക്ക് നല്ല വിശപ്പുള്ള സമയം അടപ്രഥമൻ തരുമ്പം അങ്ങനെ നിങ്ങളെ രസിച്ചു കഴിക്കുന്ന സമയത്ത് അപ്പോഴാണ് നിങ്ങൾ അടയിലേക്ക് ശ്രദ്ധിക്കുന്നത് എന്തോ ഒരു സാധനം ഉടനെ തന്നെ മനസ്സിനൊരു സംശയം വന്നു ഇതെന്തോ അപകടമായിട്ടുള്ള സാധനമാണ് പിന്നെ നിങ്ങൾക്കത് ആസ്വദിക്കാൻ പറ്റുമോ കഴിഞ്ഞു ആസ്വാദനം കഴിഞ്ഞു അതിലെന്തോ ഒരു സാധനം കണ്ടുകഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരിക്കലും അത് അനുഭവിക്കാൻ സാധ്യല്ല അപ്പൊ മനസ്സ് ഡിസ്റ്റേർബാണെങ്കിൽ ഓരോ അനുഭവവും ആസ്വദിക്കാൻ സാധ്യമല്ല നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീരിയലാണ് ഗുരുവായൂരപ്പന്റെ സീരിയൽ നിങ്ങളത് വന്നു കഴിഞ്ഞാൽ കള്ളം കയറിയാൽ അറിയില്ല അത്ര നിങ്ങൾക്കതിൽ ലയം വരും ആ സമയത്താണ് നിങ്ങൾ ന്യൂസ് കേൾക്കുന്നത് നിങ്ങളെ വേണ്ടപ്പെട്ട ഒരാള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പിന്നെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുമോ ഉണ്ടോ ഇതുപോലെയാണ് മനുഷ്യ മനുഷ്യന്റെ അനുഭവങ്ങളൊക്കെ സുഖം ലയത്തിലാണെങ്കിലും മനസ്സ് ഡിസ്റ്റേബ് ആണെങ്കിൽ ഒന്നും ആസ്വദിക്കാൻ സാധ്യല്ല അതുകൊണ്ട് കാമ കാമസുഖമുണ്ടല്ലോ അതനുഭവിക്കും തോറും മനസ്സ് ഡിസ്റ്റേർബാവണം കാരണം മനസ്സ് ഡിസ്റ്റേർബാവാൻ കാരണം നഷ്ടങ്ങൾ മനസ്സിലുണ്ടാക്കുന്ന വേദനകൾ സുഖത്തെ അനുഭവിക്കാൻ മനസ്സിനെ അനുവദിക്കില്ല അതുകൊണ്ടാണ് മനുഷ്യൻ അതിലൊക്കെ എക്സോഷൻ വരുന്നത് ഒരു പരിധി കഴിഞ്ഞാലാണ് വേഗം മടുപ്പ് വരുന്നത് അത് നമ്മുടെ ഇന്ത്യയിൽ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് നോക്കൂ അവർക്ക് വേഗം മടുപ്പ് വരുന്നു ജീവിതത്തോട് കാരണം അവർക്ക് എക്സോഷൻ വന്നു കഴിഞ്ഞു അനുഭവിക്കും തോറും അവർക്ക് നേട്ടങ്ങളല്ല കൂടുന്നത് അനുഭവിക്കും നഷ്ടങ്ങളാണ് അവർക്ക് വരുന്നത് അതാണ് അവർ റിയലൈസ് ചെയ്യുന്നത് ഈ നഷ്ടങ്ങളായിരിക്കാം അവർക്ക് നഷ്ടപ്പെടാത്ത ഒരു സുഖത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം അവരെ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് ആത്മീയത ശരിയായിട്ടുള്ള രീതിയിൽ വരണമെങ്കിൽ ഉണ്ടല്ലോ നഷ്ടങ്ങളോടെ ഇനിയൊന്നും എനിക്ക് നേടിയെടുക്കാൻ സാധ്യമല്ല ഇനി നഷ്ടപ്പെടാത്ത വല്ലതുമുണ്ടോ എന്നുള്ളൊരു അന്വേഷണം മനുഷ്യ മനസ്സിൽ വരണം ഒന്നിനോട് മടുപ്പ് വരുമ്പോഴേ മറ്റൊന്നിനെക്കുറിച്ചുള്ള അന്വേഷണം മനുഷ്യ മനസ്സിൽ വരികയുള്ളൂ ഇപ്പൊ നിങ്ങൾ വളരെ നമുക്ക് ലക്ഷറി വന്നു ആയിരിക്കാം എല്ലാ സുഖവും ഇപ്പം തന്നെ നമുക്ക് ആയിക്കഴിഞ്ഞോ സൗകര്യങ്ങളൊക്കെ കുറെ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സുഖം ഏതായിരിക്കും എന്നറിയോ ഓലകണ്ട് കെട്ടിയ ഷെഡിൽ ഒരു സൌകര്യവുമില്ലാതെ കുറച്ചുനേരം ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ അങ്ങനെയാണല്ലപ്പോൾ അവിടെ ചായയൊക്കെ കുടിക്കുന്നത് ഈ ഷെഡ് കെട്ടിയ ഇതിൽ ഒരു റാന്തൽ വിളക്കും കത്തിച്ചിട്ട് അല്ലെങ്കിൽ ഒരു എന്താണ് മെഴുകുതിരിയും കത്തിച്ച് ഇന്നിപ്പോൾ അത് ഫൈവ് സ്റ്റാറായി നോക്കും നിങ്ങൾ എവിടെ എത്തി സംസ്കാരം എന്നുള്ളത് അല്ലേ മനുഷ്യജീവിതം ഒരു പീക്കിലേക്ക് പോയാൽ പിന്നെ അതിന് അതിന് സുഖം തോന്നില്ല മറ്റൊരു അനുഭവത്തിലേക്ക് അത് പോവും ഇവിടെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുകയാണ് ഈ ലൗകിക ജീവിതത്തിനെല്ലാം നഷ്ടങ്ങളുടെ കണക്കായിരിക്കും പറയാനുണ്ടാവുക അതിപ്പോഴും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പോവുകയാണെങ്കിൽ നഷ്ടപ്പെടാത്തതായിട്ടുള്ള ഒരു അനുഭവം അതേ മനസ്സിനെ നമ്മൾ ലയിപ്പിക്കാൻ പഠിപ്പിക്കണം എവിടെ ആത്മാവായിരിക്കുന്ന ഗുരുവായൂരപ്പിൽ ലയിപ്പിക്കാൻ ആ ലയത്തിൽ നമ്മൾ സുഖമനുഭവിച്ചു കഴിഞ്ഞാൽ ആ സുഖത്തിന്റെ പേരാണ് ആചാര്യം മറ്റത് കാമസുഖം എന്ന് പറയും ഈ സുഖത്തിന്റെ പേരാണ് പ്രേമസുഖം എന്ന് പറയുന്നത് പ്രേമെന്ന് പറഞ്ഞാൽ പ്രകർഷേണ മനസ്സ് ഭഗവാനിൽ ലയിച്ചുകൊണ്ട് കിട്ടുന്ന സുഖമാണ് പ്രേമം ഇന്ന് നമുക്ക് പ്രേമെന്ന് പറഞ്ഞാൽ അപകടമാണ് വാക്ക് ഇന്ന് ഈശ്വരനോടുള്ള അടുപ്പത്തിനല്ല പ്രേമെന്ന് പറയാം ആണോ നിങ്ങളുടെ മകൻ പറയാനമ്മ എനിക്ക് പ്രേമുണ്ട് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾ അർത്ഥം എടുക്കുക നിങ്ങളുടെ മകൾ വന്നിട്ട് പറയണം അമ്മേ എനിക്ക് വലിയ പ്രേമുണ്ട് ഇപ്പൊ എന്ന് നിങ്ങളെന്താ അർത്ഥമെടുക്കുക ഏത് കുട്ടിയോടാണെന്ന് ചോദിക്കുക കാരണം നമുക്കറിയാം പ്രേമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഓപ്പോസിറ്റ് സെക്സിനോട് തോന്നുന്നൊരാകർഷണമാണെന്ന് എന്നാൽ ആധ്യാത്മിക ദൃഷ്ടിയിൽ പ്രേമെന്ന് പറഞ്ഞാൽ ഭക്തിയുടെ പേരാണ് പ്രേമം നാരദ മഹർഷിയാണ് പ്രേം ഭക്തിയെ നിർവദിച്ചത് ഭക്തി തു പരമപ്രേമസ്വരൂപത്വാൽ ഭക്തി എന്ന് പറഞ്ഞാൽ പരമമായ പ്രേമമാണ് നാരദനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഭക്തിയെക്കുറിച്ച് ആ പുസ്തകത്തിന്റെ പേരാണ് നാരദ ഭക്തി സൂത്രം അതിലെ നാരദമാർഷി ആദ്യം തന്നെ ഭക്തിയെ നിർവചിക്കുന്നത് പരമ തു പരമപ്രേമസ്വരൂപം ഈശ്വരനോടുള്ള ഏറ്റവും വലിയൊരു പ്രേമമാണ് എന്ത് തീവ്രമായ പ്രേമമാണ് ഭക്തി എന്ന് പറയുന്നത് അപ്പോ തുടക്കത്തിൽ നിങ്ങൾക്ക് ആത്മാവായിരിക്കുന്ന ഭഗവാനിൽ മനസ്സിനെ ലയിപ്പിക്കാൻ സാധ്യമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രൂപത്തോട് നമുക്ക് ആകർഷണം വരണം കുന്നിനോട് അതിൽ മനസ്സിനെ ലയിപ്പിച്ച് ലയിപ്പിച്ച് ഏതിലേക്ക് കടക്കണം ഭഗവാന്റെ സൂക്ഷ്മതത്വത്തിലേക്ക് പ്രവേശിക്കണം അതിനുവേണ്ടിയിട്ടായിരിക്കാം ഭഗവാൻ വസ്ത്രം അപഹരിച്ചത് വസ്ത്രം അപഹരിക്കുക എന്ന് പറഞ്ഞാൽ ഗോപികമാർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ശരീരത്തോട് മാത്രം കൃഷ്ണനിൽ ചേർന്നാ പോരാ ശരീരബോധം മാറ്റിക്കൊണ്ട് ശരീരമാകുന്ന വസ്ത്രം മാറ്റിക്കൊണ്ട് യഥാർത്ഥമായ ആളെ നമുക്ക് കാണാൻ സാധിക്കണം ഉപനിഷത്തിൽ പറയും സൂര്യനോട് പറയും പറയാണ് ഏ പൂഷൻ നപാവൃണോ ൂഷൻ അപാവൃണോ മാറ്റിക്കളയോ സത്യധർമായ ദൃഷ്ടയെ എനിക്ക് സത്യത്തെ കാണാൻ വേണ്ടിയിട്ട് നിന്റെ മുഖം ഒന്ന് മാറ്റിയാലും മുഖം കൂടിയെടുത്ത് മാറ്റിയാലും അപ്പൊ നമ്മുടെയൊക്കെ നമ്മളിപ്പോ വസ്ത്രം ധരിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ ജനിച്ച രൂപത്തിൽ അല്ലല്ലോ ഇപ്പം വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മുടെ സ്നഗ്ധതയൊക്കെ നമ്മൾ മറച്ചു ഇതുപോലെ ഈ ശരീരം നമ്മുടെ ആത്മാവിന്റെ ആത്മാവാകുന്ന സ്വരൂപത്തെ മറച്ചുവെച്ചിരിക്കുന്നു നമ്മൾ നമ്മളെ വസ്ത്രം മാറ്റുമ്പോൾ നമ്മളെ ശരിയായ രൂപം നമ്മൾ കാണുന്നത് പോലെ ഈ ശരീരമാകുന്ന വസ്ത്രം മാറുമ്പോഴാണ് ആത്മാവിന്റെ ശരിയായ രൂപം നമ്മൾ കാണുന്നത് അപ്പൊ ഭഗവാൻ വസ്ത്രം മാറ്റിവെച്ചു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം കേവലം ഗോപിയമാരെ നിങ്ങൾ ശരീരമാകുന്ന വസ്ത്രത്തോടുകൂടി മാത്രം ചേർന്നാ പോരാ ഈ വസ്ത്രബോധം മാറ്റിക്കൊണ്ടും നിങ്ങൾ എന്നോട് ചേരണം ആ ചേരലാണ് നമ്മൾ രണ്ടുപേരും ഒന്നാണെന്ന അനുഭൂതി വസ്ത്രത്തോടുകൂടി ചേരൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ അറിയില്ല ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ വസ്ത്രത്തോടുകൂടി ചേരൽ എപ്പോഴും തൽക്കാലത്തേക്ക് നിമിഷ നേരത്തേക്ക് ഒന്നാവാം പക്ഷെ വീണ്ടും അത് വേറെയായി തീരും അവിടെ മനസ്സല്ല ഒന്നാകുന്നത് ശരീരങ്ങളാണ് ഒന്നാവുന്നത് എന്നാൽ വസ്ത്രം മാറ്റിക്കൊണ്ടുള്ള ഒന്നാവൽ അതേതാണ് ശരീരബോധം മാറ്റിക്കൊണ്ടുള്ള ഒന്നാവൽ അത് ആത്മാവും മനസ്സും തമ്മിലുള്ള ഒന്നായതുകൊണ്ട് എല്ലാവരിലും ഇരിക്കുന്ന ആത്മാവ് ഒന്നായതുകൊണ്ട് കൃഷ്ണൻ ആത്മാവാണെങ്കിൽ മനസ്സു ആ മനസ്സാകുന്ന ഗോപിക കൃഷ്ണനോട് ചേർന്നാൽ കൃഷ്ണനും ഗോപിയും എന്നേക്കുമായി ഒന്നായിത്തീർന്നു അവിടെ പിന്നെ രണ്ടാകുന്ന പ്രശ്നമില്ല പുഴ കടലിനോട് ചേരുന്നത് പോലെയാണ് പുഴയാകുന്ന ഗോപി കൃഷ്ണനാകുന്ന കടലിലേക്ക് ചേർന്നാൽ പിന്നെ കൃഷ്ണനും ഗോപിയും വേറെയല്ല രണ്ട് ഇതാണ് തത്വമുസി എന്ന് പറയുന്നത് ഇപ്രകാരം നമ്മളെ ആധ്യാത്മികമായി ഉയർത്തുന്ന ഒരു കഥയാണ് ഏത് വസ്ത്രാവഹരണ കഥാനുഭരണി ആ തലത്തിൽ നമ്മളതിനെ കാണണം അതിനുശേഷം ഭഗവാൻ എന്താണ് ഗോപികമാരെ അനുഗ്രഹിച്ച ശേഷം ഒരിക്കൽ ഭഗവാൻ യഥാർത്ഥമായ ഭക്തി അത് നമുക്ക് കാണിച്ചു മറ്റൊരു കഥയാണ് യജ്ഞപത്നി ഉദ്ധരണം അതായത് വിപ്രപത്നിമാരെ അനുഗ്രഹിക്കുന്ന കഥ നോക്കാമാതിരി നമുക്കെന്താ അറുപത്തൊന്നാമത്തെ ദശകം തദശ് വൃന്ദാവനോരോ വനം ഗതസ്ഥോകുലേന്ദിരാണ കഥംബഗാനുഗ്രഹാഗ്രഹം വഹൻ ഗോപിയമാരെ അനുഗ്രഹിച്ചതിനു ശേഷം അതിനുശേഷം ഭഗവാൻ അത്യന്ത ഭക്തിമതികളായിട്ടുള്ള ബ്രാഹ്മണ സ്ത്രീകളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഗോപന്മാരോടിച്ച് ഗോപഗോകുലേ സഹ വൃന്ദാവനാൽ അതിദൂരതാവനം വൃന്ദാവനത്തിലെ അതിദൂരത്തുള്ളൊരു വനപ്രദേശത്തിലേക്ക് ഭഗവാൻ പോയിതാണ് എന്നിട്ടോ തദോതിരിണേ വനന്തരേ കിശോരലോകം ക്ഷുതിദം തൃഷാകുലം അദൂരതോ യജ്ഞപരാന്തുജൻ പ്രതിജ്ജയോനായതൻ അങ്ങനെ കാട്ടിൽ ഭക്ഷണൊന്നും കൊണ്ടുപോയിട്ടില്ല അവരെല്ലാം അശരളരായി തീർന്നപ്പോ കിശോരലോകം ക്ഷുദിതം തൃഷാകുലം അവർക്ക് വിശപ്പും ദാഹവും വന്നപ്പോ നിരീക്ഷ അദൂരത കുറെ ദൂരത്ത് കുറെ ബ്രാഹ്മണന്മാര് ചേർന്ന് യജ്ഞപരാൻ ജാൻ യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രാഹ്മണരെ കാണിച്ചു കൊടുത്ത് ഭഗവാൻ പറഞ്ഞു താൻ വിസർജ അവിടെ പോയിട്ട് ദിദീവിയാജന് പോയി ഭക്ഷണം വ്യാജിച്ചു കൊണ്ടുവരുമെന്ന് ഗോപന്മാരെ ബ്രാഹ്മണരുടെ അടുത്ത് നിന്നും ഭക്ഷണം വ്യാജിക്കാൻ വേണ്ടി ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞയച്ചു ആ ഗോപന്മാരത ഭഗവാന്റെ വാക്കുകൾ കേട്ട് ബ്രാഹ്മണരുടെ അടുത്ത് ഭക്ഷണം വ്യാജിക്കാൻ പോണു എന്നിട്ടുണ്ടായി ഗതേശതോഷവിതായുപ്രഭോ ശ്രുതി അതോ ഗജേഷു കുമാരകേഷു അവിടെ ചെന്ന് ആ ബ്രാഹ്മണരുടെ അടുത്ത് ചെന്ന് ആ കുമാരന്മാര് അഭിതാമിതായ ഓദനയാജിഷു അവര് ഭക്ഷണം യാചിച്ചു എന്നാണ് ഓദനം ഭക്ഷണം അത് യാചിച്ചു ഭഗവാന് അവർക്കും ഭഗവാനും വേണ്ടിയിട്ട് എന്നാൽ ഈ ബ്രാഹ്മണരുണ്ടല്ലോ മഹീശ്വരോത്തമ അശ്രുതി അഭിനിന്യു അവര് ഭഗവാനെ കേൾക്കാത്ത ആൾക്കാരാണ് ഭഗവാനെ മനസ്സിലാക്കാത്ത ആളുകാരാണ് അതുകൊണ്ട് ഭഗവൽവാണികളാണ് അതെന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ല ഭഗവാൻ ഗോപന്മാരോട് പറഞ്ഞത് ഭഗവാന്റെ വാണികളാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ല അവരെന്ത് ചെയ്തു കിഞ്ചിതിന്റെ ഊജു മിണ്ടാതെ അവരുടെ ജോലി തുടർന്നുകൊണ്ടിരുന്നു നോക്കണേ അവരുടെ ഒരു വിഡിത്തം അപ്പൊ ആ വെറും വേദം ചൊല്ലാൻ സാധിക്കുന്ന ബ്രാഹ്മണരുണ്ടായിരുന്നു അതല്ല ഭക്തി എന്ന് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇത്തരത്തിലുള്ളൊരു കഥ നമ്മുടെ മുന്നിൽ പറഞ്ഞത് വേദം ചൊല്ലിയിലും കുഴപ്പമൊന്നുമില്ല ഭഗവാൻ അതിനല്ല പ്രാധാന്യം കൊടുത്തത് നമുക്ക് എത്രത്തോളം വേദം ചൊല്ലാം മന്ത്രം ചൊല്ലാൻ അറിയോ ഇതൊന്നും ചൊല്ലുന്നതിനല്ല ഭഗവാൻ പ്രാധാന്യം കൊടുത്തത് ഭഗവാൻ പ്രാധാന്യം കൊടുത്തത് മനസ്സിന്റെ സമർപ്പണമാണ് മനസ്സ് സമർപ്പിക്കാതെ എന്ത് ചൊല്ലിയിട്ടും കാര്യമില്ല അതല്ലേ ഭട്ടതിരിപ്പാണ് ആദ്യം പറ നമ്രാണാം സന്നിധത്തെ വേദം ചൊല്ലുന്നവരുടെ മുന്നിൽ സന്നിധത്തേ എന്ന് പറഞ്ഞിട്ടുണ്ടോ മന്ത്രം ചൊല്ലുന്നവരുടെ മുന്നിൽ സന്നിധത്തേ എന്ന് പറഞ്ഞില്ല ആരുടെ മുന്നിലാ സന്നിധത്തെ നമ്രാണാം ഇത് തന്നെയാണ് ഗീതയിലും ഭഗവാൻ പറയുന്നത് മയ്യാവേഷമനോ ഏമാം ആരാണോ എന്നിൽ മനസ്സിനെ അർപ്പിക്കുന്നത് മയ്യാവേഷമനോ ഏമാം നിത്യയുക്താവാസദേ ആരാണോ ഉപാസിക്കുന്നത് അവരെനിക്ക് പ്രിയങ്കരന്മാരാണെന്നാണ് മനസ്സിനെ എന്നിൽ സമർപ്പിക്കുന്നവരാണ് എനിക്ക് പ്രിയങ്കരന്മാര് ഗീതയിൽ ആവർത്തിച്ചു പറയും ആരാണ് എനിക്ക് പ്രിയപ്പെട്ടവർ ആരാ എനിക്ക് പ്രിയപ്പെട്ടവര് അദ്വേഷ്ട മൈത്രക്കരുണയേവച നിർമ്മമോ നിരഹങ്ക സമതുഃഖസസുഗക്ഷമീ സന്തുഷ്ട സതധം യോഗി യഥാത്മാതൃഢനിശ്ചയ മയ്യർപ്പിത മനോബുദ്ധി യോ മൽഭക്തസമിപ്രിയ യോ ആരാണോ അർപ്പിത മനോബുദ്ധി ആരുടെ മനസ്സാണോ ബുദ്ധിയാണോ അർപ്പിക്കുന്നത് ഏത് മതമാവട്ടെ ഏത് ജാതിയാവട്ടെ ഏത് വിഭാഗമാവട്ടെ മനസ്സർപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ ബുദ്ധി അർപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ ഏ മൽഭക്ത അവനെനിക്ക് ഭക്തനാണ് ഭഗവാൻ അത്രയും പ്രാധാന്യം കൊടുത്തിരുന്നു മനസ്സർപ്പിക്കുന്നവർക്ക് നിങ്ങൾ കർണാടകയിൽ ഉടുപ്പി എന്ന് പറഞ്ഞൊരു ക്ഷേത്രം കേട്ടിട്ടുണ്ടോ ഉടുപ്പി അവിടുത്തെ ഒരു ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ സാധാരണ ക്ഷേത്രം പോലെയല്ല ഉടുപ്പി ക്ഷേത്രം എന്താണ് പ്രത്യേകത ആ അമ്പലത്തിന്റെ വിഗ്രഹം അമ്പലത്തിന്റെ പിൻവശത്തേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത് അതിനൊരു കഥയുണ്ട് അതിന്റെ പിന്നില് പണ്ട് ഭഗവാന്റെ വലിയൊരു ഭക്തനായിരുന്നു കനകദാസ് എന്ന് പറഞ്ഞിട്ട് അതിൽ ജനിച്ചത് ഹരിജൻ കുടുംബത്തിലാണ് അങ്ങനെയുള്ളൊരു പക്ഷേ ഭക്തിയിൽ അങ്ങേറ്റം തന്നെ സമർപ്പിച്ചുകൊണ്ട് ആത്മനിർമ്മിതനായി ഭഗവാനെ ഉള്ളിൽ കണ്ടുകൊണ്ട് നൃത്തമാടാനും പാട്ടുപാടാനും സാധിക്കുന്ന ആളായിരുന്നു ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ മേധാവിത്തം ഭാരതത്തിലുള്ള സമയമായിരുന്നു ഈ ഉടുപ്പി ക്ഷേത്ര പരിസരത്തിലേക്കൊന്നും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നല്ലോ ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംസ്കാരം തെറ്റായ സംസ്കാരം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ ഹരിജനങ്ങൾക്കൊന്നും അങ്ങോട്ട് പ്രവേശിക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നാൽ ഭക്തിയിൽ ആറാടിക്കൊണ്ട് ഇദ്ദേഹത്തിന് എവിടെയാ പോണത് എന്താ വരും ഒന്നും അറിയില്ല പരിസര പോണ്ടാവില്ല അത്ര നിമഗ്നാവും ഭഗവാന്റെ കാര്യത്തിൽ ഒരിക്കൽ പാടി പാടി പാടി പാടി ഭഗവാനെ സ്മരിച്ച് സ്മരിച്ച് ഉടുപ്പി ക്ഷേത്രത്തിന്റെ പരിധി പരിധിയിലെത്തി ഈ കരകദാസന് ഇവിടെ ആളൊരുക്ക് സഹിച്ചില്ല അവരയാളെ കെട്ടിയിട്ടു എന്നാണ് ആളുകളെ കൊണ്ടുവന്ന് കെട്ടിയിടിച്ച് ചാട്ടവാറുകൊണ്ട് അടിച്ചടിച്ചടിച്ചടിച്ച് അത് തളർന്ന അവിടെ വീണു പക്ഷെ അടിക്കുമ്പോഴും കരഞ്ഞില്ലയാണ് അപ്പോഴും കൃഷ്ണനെ നാമത്തിൽ ഇങ്ങനെ സന്തോഷിക്കുകയാണ് ഓരോ അടിയും ഭഗവാൻ തന്നിരിക്കുന്ന പ്രസാദമായി കണ്ടുകൊണ്ട് അദ്ദേഹം ആനന്ദത്തിൽ ആറാടിയാണ് അന്ന് ഒരു സംഭവം ഉണ്ടായിത്രേ ബ്രാഹ്മണരി വഴിക്ക് അടിച്ച് പോയി ഇയാൾ തളർന്ന് ഇയാളെ അവിടുന്ന് എടുത്തു കൊണ്ടുപോകാൻ പറഞ്ഞു ക്ഷേത്ര പരിസരമൊക്കെ അവർ തളിച്ച് ശുദ്ധമാക്കി വൃത്തിയാക്കി കാരണം ഹരിജനം പ്രവേശിച്ചിരിക്കുകയാണ് അന്നത്തെ കാലം എങ്ങനെയാണല്ലോ ഒക്കെ ശുദ്ധമാക്കി പിറ്റേ ദിവസം നോക്കുന്ന സമയത്ത് ഇയാളെ കെട്ടിയിട്ട് മരത്തിന്റെ ആ ദിശയിലേക്ക് ക്ഷേത്രത്തിന്റെ പുറംഭാഗം ഒരു വിള്ളൽ വന്ന് പൊട്ടിത്തകർന്ന് വിഗ്രഹം തന്നെ തിരിഞ്ഞു നിൽക്കണമെന്നുള്ള അന്ന് അവിടുത്തെ പ്രധാന പൂജാരിക്ക് അശരീരി ഉണ്ടായത്രേ ഇനി മേലാൽ ബ്രാഹ്മണൻ എന്നെ പൂജിക്കരുതെന്ന് ഇപ്പോഴും ഉടുപ്പി ക്ഷേത്രത്തിൽ വിഗ്രഹം പൂജിക്കാനുള്ള അധികാരം ബ്രാഹ്മണർക്കില്ല സന്യാസിമാർക്കാണുള്ളത് അവിടെ നിങ്ങൾ കണ്ടോ മഠങ്ങൾ ഉടുപ്പി ക്ഷേത്രത്തിന് ചുറ്റും അവിടുത്തെ സന്യാസിമാർക്ക് മാത്രമേ ആ കൃഷ്ണ വിഗ്രഹത്തെ യോഗ്യതയുള്ളൂ ബ്രാഹ്മണർക്ക് പൂജിക്കാനുള്ള യോഗ്യത കാരണം അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് ഭഗവാൻ പറഞ്ഞത് ഇനി മേലാൽ തന്നെ നിങ്ങൾക്ക് മന്ത്രം ചൊല്ലാനേ അറിയില്ലോ നിങ്ങൾക്ക് മനസ്സർപ്പിക്കാൻ നിങ്ങൾക്കറിയില്ല അതുകൊണ്ട് മനസ്സർപ്പിക്കാത്ത നിങ്ങൾ എന്നെ എന്റെ ഭക്തനെ വേദനിപ്പിച്ച എന്റെ ഭക്തനെ ദ്രോഹിച്ച നിങ്ങൾ ഇനി മേളടുത്ത് വന്നു ഇപ്പോഴും ആ ക്ഷേത്രത്തിന്റെ ഇതിലുണ്ടല്ലോ ശ്രീകോവിന്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ല സന്യാസിമാർക്കെ പ്രവേശനമുണ്ടോ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാലോ ഭഗവാൻ എത്രമാത്രം ഭക്തവത്സലനാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഉൾക്കൊള്ളണം ഭാരതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കഥകൾ ഭഗവാൻ ഭാഗവതത്തിൽ പറയുന്നതൊക്കെ ഓരോ അനുഭവങ്ങളിൽ ഓരോ സ്ഥലത്തുണ്ടായിരുന്നുള്ള സത്യമാണ് അല്ലെ ഇത്ര എത്ര മഹാത്മാക്കള് പിന്നിട്ടോ അനാഥരാൽ പറയുന്നു അവരാണെങ്കിലോ ശ്രുതിസ്ഥിര അവർക്ക് ശ്രുതി ചൊല്ലാൻ അറിയാം വേദം ചൊല്ലാൻ അറിയാം പക്ഷെ വേദത്തിനുള്ളിലുള്ളതിനെ ഗ്രഹിക്കാൻ അവർക്ക് അറിഞ്ഞില്ല ഗോപന്മാർക്ക് വളരെ വിഷമായി ഭഗവാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണം ചോദിച്ചത് തങ്ങൾക്ക് വേണ്ടിയിട്ടല്ല എന്നാൽ ആ കൃഷ്ണന്റെ മഹിമ മനസ്സിലാക്കാൻ ആർക്ക് സാധിച്ചില്ല ബ്രാഹ്മണർക്ക് സാധിച്ചില്ല അതുകൊണ്ടോ അനാദരാൽ ഹി ബാലക സമാർയുക്ത മിതം ഹിയസു ചിരാദക്താകുതേ മഹീസുരാ കഥം ഹി ഭക്തം തൊയ്ദേ സമർപ്പ്യത അനാദരാൽക ഭഗവാനെ അനാദരിച്ചല്ല അവർക്ക് വലിയ വിഷമം വന്നു എന്നാലും ഭഗവാന് ഭക്ഷണം കൊടുക്കാതെ അവർ ചെയ്തല്ലോ ഈ പ്രവൃത്തി ഇതല്ലോ അവരുടെ മനസ്സ് വേദനിച്ചു അവർ ഭഗവാന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഭഗവാനെ ഇങ്ങനെ അവർ ചെയ്തല്ലോ എന്ന് ഭഗവാൻ പറയാണ് ഇതം യുക്തം മഹീശ്വര ചിരാത ഭക്ത അവർക്ക് കർമ്മം ചെയ്യാനേ അറിയുള്ളൂ അവർക്ക് പൂജകൾ ചെയ്യാനേ അറിയുള്ളൂ ഹോമം ചെയ്യാനേ അറിയില്ലൂ അവർക്ക് മനസ്സിനെ അർപ്പിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് കർമ്മം ചെയ്ത് കേവലം മനസ്സർപ്പിക്കാതെ കർമ്മം ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ പറഞ്ഞു അവരുടെ ഭക്ഷണം നമുക്ക് വേണ്ട ഗോപന്മാരെ പക്ഷേ മന്ത്രം ചൊല്ലാനറിയാത്ത മനസ്സിനെ സമർപ്പിക്കാൻ അറിയുന്ന മനസ്സ് സമർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്ന കുറെ ആളുകളുണ്ട് അതവരുടെ പത്നിമാരാണ് നിങ്ങളൊരു കാര്യം ചെയ്യൂ അവരുടെ അടുത്ത് എന്ന് ഭക്ഷണം വ്യാജിക്കൂ തീർച്ചയായിട്ടും ആ ശ്രേഷ്ഠകളായിട്ടുള്ള അമ്മമാര് നമുക്ക് ഭക്ഷണം തന്നിരിക്കും എന്ന് പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞേക്കുന്നു നിവേദ നിവേദയം ഗൃഹിണീജനായ മാം കരുണാകുലായി േ നിങ്ങളാ ബ്രാഹ്മണഭക്തിമാരെടുത്ത് എന്നിട്ട് ഇത്രേം പറയേണ്ടതു ഗൃഹിണീ ജനായ മാം നാം നിവേദയദ് ബ്രാഹ്മണഭക്തിമാരെ ഞാനിവിടെ വന്നിരിക്കുന്നു ഭഗവാൻ ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് അന്നം വേണം ഭക്ഷണം വേണം വിശക്കുന്നു എന്ന് പറഞ്ഞാൽ മതി അവര് നിങ്ങൾക്ക് വേണ്ടതൊക്കെ തന്നിരിക്കും അത്രയും പറയുമ്പോഴേക്കും തന്നെ അവന്റെ മനസ്സ് ലയിച്ചിരിക്കും എന്ന് പറഞ്ഞ ഭഗവാൻ കോപന്മാരെ ഭഗവാന്റെ അടുത്തേക്ക് ബ്രാഹ്മണ സ്ത്രീകളുടെ അടുത്തേക്ക് പറഞ്ഞേച്ചു അവിടെ ചെന്നപ്പോഴോ ചതുർവിധം സ്വകൈനിരുദ്ധ അവിതൂർണമായോ കൃഷ്ണൻ വന്നിട്ടുണ്ട് ഭക്ഷണം ചോദിക്കണോ എന്നേ പറഞ്ഞുള്ളൂ കുറെ കാലമായി അവർ കൃഷ്ണനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അത്ഭുത ലീലകളാടുന്ന കുട്ടി അവർക്ക് പലർക്കും സ്വപ്നദർശനം തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് ഭഗവാനാണ് ആത്മാവായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് ഇവിടെ വൃന്ദാവനത്തിൽ ലീലകൾ ആടിക്കൊണ്ടിരിക്കുന്നത് എന്നെല്ലാം മനസ്സിലാക്കിയ ബ്രാഹ്മണഭക്തിമാര് കേൾക്കേണ്ട താമസം ചതുർവിധം രസം പ്രക നാല് തരത്തിലുള്ള ആഹാരങ്ങൾ നാല് തരത്തിലുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ ചോറ് വെജിറ്റബിൾ റൈസ് പൂവല പുലാവ് അതൊക്കെയാണോ അങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങളാണോ അല്ല നാല് തരത്തിലുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ കുടിക്കുന്ന കുടിക്കാനുള്ളത് കഴിക്കാനുള്ളത് തൊട്ടുകൂട്ടാനുള്ളത് ഇങ്ങനെയൊക്കെയുള്ള സാധനമാണ് നാല് നിറത്തിലുള്ള ഭക്ഷണം എന്ന് പറയാം വെള്ളം പിന്നെ അച്ചാറ് വേണ്ടേ അച്ചാറ് ഓട് കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റുമോ അങ്ങനെ തൊട്ട് കഴിക്കുന്നത് പിന്നീട് വലിച്ചു കുടിക്കുന്ന സാധനങ്ങൾ ചവച്ചരയ്ക്കുന്ന ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ ബ്രാഹ്മണര് യാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാനുള്ള സാധനമാണ് ഇതൊക്കെ ടിഫിൻ ബോക്സിലാക്കിക്കൊണ്ട് ഇവര് ഈ ഗോപന്മാരുടെ കൂടെ ഓടാൻ തുടങ്ങി ബ്രാഹ്മണരവിടെ ഓ ഉത്സാഹ എന്ന് പറയുമ്പോണ്ട് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചാപ്പാടും ഗോപികമാരും അല്ല ബ്രാഹ്മണ ഭക്തിമാര് പത്നിമാർ അവര് സ്വാഹ എന്നൊക്കെ പറഞ്ഞ് നിർത്തി ഇവരെ തടഞ്ഞു നിർത്താൻ തുടങ്ങി തടഞ്ഞുമ്പോഴാണ് ഓരോ ബ്രാഹ്മണിക്ക് അവരുടെ ശക്തി മനസ്സിലായി നല്ല ഇട്ടീക കൊടുത്തിരിക്കുന്നത് ചാവട്ടിയിട്ട് ഇടിച്ചിട്ടൊക്കെ ഭർത്താവിനെ തെറിപ്പിച്ചിട്ടൊക്കെയാണ് ഓടി വരുന്നത് ചില പത്നിമാരെ അപ്പോഴേക്കും ഭർത്താവ് എന്താണ് വാതിലി ഉള്ളിലിട്ട് പൂട്ടിക്കളഞ്ഞു അവൾ അവിടുന്ന് മോഹാല്യസ്യപ്പെട്ട് വീണു എന്നൊക്കെ പറയുന്നത് പറയുന്നു വിലോലപിഞ്ചം ുംവന്തം സമലോകയന്ത ഭഗവാന്റെ അടുത്തേക്ക് വരാൻ സാധിച്ച ഭാഗ്യവതികളായിട്ടുള്ള ആ ബ്രാഹ്മണ സ്ത്രീകൾ നോക്കുമ്പോണ്ട് മൈർപ്പീലി പിലോലപിഞ്ചം അണിഞ്ഞുകൊണ്ട് പുഞ്ചിരിക്കുന്ന മുക്കുമായിട്ട് അതുപോലെ കാരുണ്യം ചുരിയുന്ന കണ്ണുകളുമായിട്ട് അങ്ങനെ പുല്ലാമ്പുഴലും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഭഗവാന്റെ മനോഹരമായ രൂപം കണ്ടതും ജന്മസാഫല്യം വന്ന് അവരങ്ങനെ കൽത്തൂടുകളെപ്പോലെ നിന്നുപോയതാണ് ഒരു ചലനമില്ലാത്ത വിധത്തിൽ അത്രമാത്രം ഭഗവാന്റെ ആ രൂപത്തിലേക്ക് ആകർഷിതരായി മനസ്സ് ഇളകാതെ മനസ്സവിടെ തന്നെ ദൃഢമായി പിടിച്ചു തന്നു അത്ര കാലമായി അവരാ ഭഗവാനെ കാണാൻ ഊഹിക്കുന്നു അതീവ്രത അതിൽ തന്നെ കൊണ്ട് പിടിച്ചു തന്നു ഇപ്പം നിങ്ങളുടെ ഒരു മകൻ ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷം അമേരിക്കയിലാണെന്ന് വിചാരിക്കുക അത് കഴിഞ്ഞിട്ട് അവിടുന്ന് അവന് കുട്ടിയുണ്ടായി നിങ്ങളെ കാണിച്ചില്ല കാരണം അവൻ അവിടെ തിരക്കുകാരന് വരാൻ പറ്റിയില്ല ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് ശേഷം ആ മകനും മകന്റെ കുട്ടിയും ഒക്കെ ആയിട്ട് നിങ്ങളെ വീട്ടിൽ വന്നാൽ കുറെ നേരത്തേക്ക് കാരണം കുറേ കാലമായി കാണാൻ മോഹിച്ച രൂപം കാണുന്ന സമയത്ത് മനസ്സെങ്ങോട്ടും പോവില്ല കുറച്ചു നേരം അവന്റെ നേരെ തന്നെ ഉണ്ടാവും പിന്നെയാണ് നിങ്ങൾ പറയുക പോകുമ്പോൾ ഇങ്ങനെയായിരുന്നു വരുമ്പം ഇങ്ങനെയിരിക്കണോ എന്ന് വെച്ചാൽ നല്ല കനം വെച്ചിട്ട് ഗൊണ്ണം വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പിന്നെ നിങ്ങൾ രണ്ടു മൂന്ന് ദിവസത്തേക്ക് നിങ്ങൾ മറക്കുമെല്ലാം മനസ്സ് മുഴുവൻ എവിടെയാവും അവന്റെ കാര്യത്തിൽ തന്നെ ചിന്ത വെച്ചുകൊണ്ട് ഇതുപോലെ ആ ബ്രാഹ്മണ സ്ത്രീകളുടെ കാര്യം പറയാനുണ്ടോ എത്ര കാലമായി അവർ കൃഷ്ണനെ കാണാൻ മോഹിക്കുന്നു എന്നിത് ആ പരമഭാഗ്യവർക്ക് കിട്ടി എന്നിട്ടോദ്യ സദേവ സഞ്ചിന്യ ഭവന്തോ ആ ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഓരോരുത്തരും തയ്യാറാകുമ്പോ അവര് ബ്രാഹ്മണ സ്ത്രീകൾ ഓടുകയാണ് ചിലരൊക്കെ ഒരുവളെ യാഗശിലയിൽ നിന്ന് ഭർത്താവ് ഓടിച്ചെന്നിട്ട് എന്ത് ചെയ്തു ഗൃഹീതഹസ്താ ദൈതയൻ യജ്ഞന ബ്രാഹ്മണൻ കൈ പിടിച്ചുകൊണ്ട് തടഞ്ഞു നീ എങ്ങടാടി പോകുന്നത് എന്ന് അപ്പോ അവളവിടെ തളർന്നു വീണു പറയണം പിന്നെ വേറെ എടുത്തിയാണെങ്കിൽ ഭർത്താവിനെയൊക്കെ തട്ടി മാറ്റിക്കൊണ്ടൊക്കെയാണ് അങ്ങനെ ഓടിവരാൻ തുടങ്ങി ചിലർക്ക് അവിടെ ദേഹം ഉപേക്ഷിക്കേണ്ടി വന്നു അവരൊക്കെ മോക്ഷപദം പ്രാപിച്ചു വിവേച കൈവല്യ മഹോ കൃതിന്യസോ അവർ കൈവരിച്ചുവെന്നാണ് പിന്നീടോ ആദായ സംഗസ്പഹയോജതീർത്ഥം വിലോക്യജ്ഞായ വിസർഗയ ജിമർത്തൃകർക്കണാൻ ആ ഗോപിയമാര് സോറി ബ്രാഹ്മണ സ്ത്രീകൾ കൊണ്ടുവന്ന ഭോജ്യാനി ആദായ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ സ്വീകരിച്ച് ഭഗവാൻ അനുഗ്രഹ്യ അവരെ അനുഗ്രഹിച്ചു എന്നിട്ട് അവരോട് പറഞ്ഞു ഇനി നിങ്ങൾ എന്ത് തിരിച്ചു പോകണം നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും ഞാൻ തീർത്തിരിക്കുന്നു ഭർത്താക്കന്മാരെ നിങ്ങളെ സ്വീകരിച്ചിരിക്കും പോയിക്കോളൂ എന്ന് പറഞ്ഞ് അവരെ വീട് വിട്ടു പോകുന്നവരല്ലേ അനുസരിക്കാത്തവരല്ലേ ആ ദോഷങ്ങളൊന്നും അവർക്കുണ്ടാവില്ല എന്ന് പറഞ്ഞ് ഭഗവാൻ പറഞ്ഞേക്കെയാണ് നിരൂപ്യദോഷം നിജമംഗനാജമേ വിലോക്യഭക്തി പുനർവിചാരിപ്പൊരാരീച്ച നിരുന്തിമേകത ഭഗവാൻ പറഞ്ഞ പ്രകാരം അവർ തിരിച്ചു വന്നപ്പോ ആ ബ്രാഹ്മണ സ്ത്രീകളുടെ മുഖത്തുണ്ടായിരുന്ന ഒരു തേജസ് ഭഗവാനെ കണ്ടതിലുള്ള സന്തോഷം ഭഗവാനെ വിട്ടതിലുള്ള ഒരു ദുഃഖവും ഇതും കണ്ടപ്പോ ഇത്രയും കാലം വേദമന്ത്രം ചൊല്ലിയിട്ട് പോലും നമുക്ക് ഇത്തരത്തിലുള്ളൊരു അനുഭൂതി കിട്ടിയിട്ടില്ലല്ലോ എന്ന കുറ്റബോധം വന്ന ബ്രാഹ്മണന് തങ്ങളുടെ പത്നിമാർക്ക് കിട്ടിയ അനുഭൂതിയുടെ മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് വലിയൊരു കുറ്റബോധം അവർക്കുണ്ടായി ഈ മന്ത്രം ചൊല്ലുന്നതല്ല പ്രാധാന്യം ചൊല്ലുന്ന മന്ത്രത്തിനൊക്കെ പിന്നിലൊരു മനസ്സിന്റെ സമർപ്പണം വേണം സമർപ്പണമില്ലാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഈ സമർപ്പണ ബുദ്ധിയോടുകൂടി ജീവിച്ച പത്നിമാരുടെ നാലയലത്ത് പോലും നമ്മൾ എത്തിയിട്ടില്ലല്ലോ മന്ത്രം ചൊല്ലാൻ പറ്റുന്ന നമ്മൾ ഈ കുറ്റബോധം വന്ന് ആ പത്നിമാരെ നമസ്കരിച്ചുകൊണ്ട് അവര് പത്നിമാരോടൊന്നിച്ച് യാഗം പൂർത്തീകരിച്ചു ഇപ്രകാരമുള്ള ഗുരുവായപ്പ പത്നിമാരെ അനുഗ്രഹിച്ച ഗുരുവായപ്പ ഇതുപോലെ എന്നെയും അനുഗ്രഹിക്കൂ വാദരോഗം അകറ്റിത്തന്നിട്ട് എന്ന് ഈ കഥ പറഞ്ഞപ്പോൾ സംവരിപ്പിക്കുന്നു ഈ കഥയിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു സത്യം ഇത് നമ്മൾ വളരെ ഉൾക്കൊള്ളേണ്ട ഒരു കാലമാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് വിഷമം വന്നാലും പ്രത്യേകിച്ച് ഇന്ന് സ്വാധീനിച്ചിരിക്കുന്ന ഒന്നാണ് ജ്യോതിഷം എന്ന് പറയുന്നത് കാരണം ഗൃഹങ്ങളാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് അതുപോലെ തന്നെ ഗൃഹദോഷങ്ങൾ നമ്മളെ ബാധിക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ഉള്ളിൽ കൂടെയുള്ളത് ഇപ്പൊ ഈ അതുപോലെ തന്നെ കാര്യങ്ങൾ വാസ്തുദോഷം പല ദോഷങ്ങളും പൂർവ ജന്മദോഷം പിതൃദോഷം അതുപോലെ തന്നെ നാഗദോഷം ഈ ദോഷങ്ങളൊക്കെയാണെന്നപ്പോൾ നമ്മൾ ജ്യോതിഷ്യന്മാരെ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഇതൊക്കെ പരിഹരിക്കാൻ ദോഷങ്ങളുണ്ടോ ഇല്ലേ നിൽക്കട്ടെ ഇത് പരിഹരിക്കാൻ ആളുകൾ ധരിച്ചിരിക്കുന്നത് നമുക്കു വേണ്ടി വേറൊരാൾ കർമ്മം ചെയ്താൽ നമ്മുടെ ദോഷം തീരുമെന്നാണ് പക്ഷെ ഭാഗവതം പഠിക്കുന്ന നിങ്ങൾ നാരായണിയും പഠിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരാളുടെ കർമ്മത്തിലല്ല ഭഗവാൻ പ്രീതനാവുന്നത് കർമ്മത്തിലായിരുന്നു പ്രീതനായിരുന്നു എങ്കിൽ ബ്രാഹ്മണരുടെ യാഗത്തിൽ ആര് പ്രീതനാവേണ്ടതായിരുന്നു ഭഗവാൻ പ്രീതനാവേണ്ടതായിരുന്നു മനസ്സിലാവുള്ളി ഭഗവാൻ ബ്രാഹ്മണരുടെ യാഗത്തിൽ പ്രീതനായില്ല എന്ന് മാത്രമല്ല അഭക്തന്മാരെന്ന് പറയുന്നുണ്ട് അവർക്ക് ഭക്തി അറിയാത്തവരാണ് അവർക്കൊന്നു മാത്രമേ അറിയുള്ളൂ എന്ത് മന്ത്രം ചൊല്ലാനേ അറിയില്ലൂ ഭഗവാൻ മന്ത്രത്തിനെതിരല്ല ഭഗവാൻ പറയുന്നത് അവർക്ക് എന്തില്ല സമർപ്പണമില്ല എന്നാൽ പത്നിമാരായ അവരുടെ പത്നിമാരായ ബ്രാഹ്മണ സ്ത്രീകള് അവരും കർമ്മം ചെയ്യുന്നുണ്ട് ഗൃഹകാര്യങ്ങള് ഭർത്താവിനെ ശുശ്രൂഷിക്കുന്ന കാര്യങ്ങള് കുട്ടികളെ നോക്കുന്ന കാര്യങ്ങള് അവരും കർമ്മം ചെയ്യുന്നുണ്ട് പക്ഷെ അവരുടെ ഉള്ളിൽ എന്തുണ്ട് സമർപ്പണമുണ്ട് അപ്പൊ സമർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യുന്ന ഒരു കർമ്മം അത് തന്നെയാണ് ശ്രേഷ്ഠമായിരിക്കുന്ന കർമ്മം അപ്പൊ നമുക്ക് വേണ്ടി വേറൊരാള് കർമ്മം ചെയ്തുകൊണ്ട് ഹോമം ചെയ്തുകൊണ്ടോ നിങ്ങൾ പോയി വലിയ വലിയ ഹോമങ്ങളൊക്കെ ചെയ്ത് ആളുകൾ ദോഷം തീർക്കാൻ ഓടി നടക്കുന്നുണ്ട് നമുക്ക് കാണാം ബ്രാന്താണ് ആളുകൾക്ക് ആളുകൾ അങ്ങനെ അതിൽ പരിഭ്രമിച്ചിരിക്കുകയാണ് അപ്പൊ അങ്ങനെയൊരു ദോഷം തീർക്കാൻ മറ്റൊരാളുടെ കർമ്മം കൊണ്ടൊരിക്കലും സാധ്യമല്ല നമ്മുടെ ദോഷം തീരുന്നത് നമ്മുടെ മനസ്സിനെ ഭഗവാനിൽ അർപ്പിക്കുമ്പോഴാണ് ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ദോഷം തീർക്കാൻ നിങ്ങൾ മറ്റൊരാളുടെ പിന്നാലെ ഓടേണ്ടി വരില്ല നിങ്ങളുടെ ദോഷം തീർക്കാൻ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ ഭഗവാനിൽ അർപ്പിക്കണം ആ ഭഗവാനിൽ മനസ്സർപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ആളുകൾ വിഡ്ഢികളായിട്ട് പലയിടത്തേക്കും ഓടുന്നത് പറയുകയാണ് ഇതൊന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ പ്രശ്നം തീർക്കാൻ എന്റെ മനസ്സിനെ ഞാൻ തന്നെ സമർപ്പിക്കണം അതാണ് യഥാർത്ഥ ആത്മീയത നമ്മുടെ മനസ്സും ആത്മാവും തമ്മിലുള്ള ബന്ധമാണ് ആത്മീയത അല്ലാതെ ഒരു വിഗ്രഹമായിട്ടുള്ള ബന്ധമല്ലത് ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിച്ചു മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഇന്ന് വളരെയധികം ഇത്തരം കാര്യങ്ങൾ കൺഫ്യൂഷൻ ഇരിക്കുന്നത് ആളുകൾ അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ചരട് കെട്ടിയിട്ടും കഴുത്തിൽ അത് കെട്ടിയിട്ടും അവിടെ അത് കെട്ടിയിട്ടും എന്തെല്ലാം എന്തെല്ലാം നോക്കും നിങ്ങൾ കൺഫ്യൂഷനാണ് ആളുകൾക്ക് ഇതൊക്കെ എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വിചാരം ആരോ എനിക്ക് വേണ്ടി ചരട് കെട്ടിയാൽ ശരിയാണ് കല്യാണ പ്രായം കരട് കെട്ടിയ കാരുണ്ട് കഴുത്തിലാണ് കെട്ടുന്നതെങ്കിൽ അല്ലാതെ എവിടെ കെട്ടിയിട്ടെന്താ കാര്യം അല്ലെങ്കിൽ ഇവരെ ജീവിതം എടുത്തിട്ടാണ് കെട്ടുന്നതെങ്കിൽ അപ്പോഴും കാര്യമുണ്ട് പിന്നെ കൊണ്ട് വരേണ്ട ആവശ്യമില്ല അല്ലാതെ വേണ്ടാത്ത തോതിവാസങ്ങളൊക്കെ മനുഷ്യ മനസ്സിൽ എങ്ങനെ കയറിക്കൂടിയത് എനിക്കറിയില്ല കാരണം ശാസ്ത്രപരിധിയുമില്ല ഇന്ന് ചെയ്യുന്നതെല്ലാം ശാസ്ത്രം വിധി ഉത്സജ കൃഷ്ണൻ എന്ത് സങ്കടമുണ്ടോ എന്നറിയോ ഗുരുവായൂരി പോകുമ്പോഴൊക്കെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണിത് ഭഗവാൻ എന്താ ഇഷ്ടപ്പെടുന്നത് ഗീതയിലെ പതിനാറാം അദ്ദേഹത്തിൽ അവസാനത്തെ ശ്ലോക എടുത്ത് നോക്കൂ യ ശാസ്ത്രപരിധി കാമകാരത ഞാൻ പറഞ്ഞിരിക്കുന്ന ശാസ്ത്രം മനസ്സിലാക്കാതെ തോന്നിയതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ന സിദ്ധിമവാപ്നോതി നിങ്ങൾക്കൊരു നന്മയുണ്ടാകുമോ വെറുതെ ക്യൂ നിന്ന് മാത്രം ഇടിയും കൂടിയിട്ട് പുരോഗതി ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ എന്ത് ചെയ്യണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഭാഗവതത്തിലും ഗീതയിലുമൊക്കെ അതൊന്നും മനസ്സിലാക്കൂ അപ്പൊ ഞാൻ എപ്പോഴാണ് നിങ്ങളോട് പ്രീതനാവുന്നത് ഞാൻ പ്രീതനാവുന്നത് നിങ്ങളുടെ പ്രശ്നം വേറൊരാളെ ഏൽപ്പിച്ച് അയാളെ കൊണ്ടൊരു ഹോമം ചെയ്യുമ്പോഴല്ല ഞാൻ പ്രീതനാവുന്നത് ഞാൻ പ്രീതനാവുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ എനിക്ക് സമർപ്പിക്കണം നിങ്ങളുടെ മനസ്സിനെ സമർപ്പിക്കണമെങ്കിൽ എന്നോടത്രയും നിങ്ങൾക്ക് പ്രേമം വേണം പ്രീതി വേണം ഞാൻ നിങ്ങളിൽ നിന്നും അന്യനല്ല ഞാൻ നിങ്ങളുടെ ആത്മാവാണ് ഞാൻ നിങ്ങളുടെ ബന്ധുവാണ് ഞാൻ നിങ്ങളുടെ സുഹൃത്താണ് വാസ്തവത്തിൽ ഞാൻ ഉള്ളതുകൊണ്ടാണ് ഈ നിമിഷം നിങ്ങളിരിക്കുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ എന്നിൽ സമർപ്പിക്കുകയാണെങ്കിൽ എല്ലാ ദുഃഖങ്ങളെയും ഞാൻ മാറ്റിത്തരും എന്നല്ലേ ഗുരുവായൂരപ്പൻ ദൃഢമായി പ്രതിജ്ഞ ചെയ്തുകൊണ്ട് പറയുന്നത് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാമി മാർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ നിങ്ങൾ വേറൊരാളെ ഏൽപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല ഉണ്ടോ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ എന്നിൽ സമർപ്പിച്ചാൽ ഞാൻ നിങ്ങളുടെ പാപങ്ങളെ പരിഹരിച്ചു തരാം ഇത് മനസ്സിലാക്കിവയ്ക്കൂ അതുകൊണ്ട് സമർപ്പണത്തിലൂടെയാണ് ഭഗവാൻ നമ്മളെ ഉയർത്തുന്നതെന്ന് പറയുന്ന കഥയാണ് വിപ്രപത്നി ഉദ്ധരണ കഥ ഇനി അതിനുശേഷം അടുത്ത കഥയാണ് ഭാഗവതത്തിലെ വളരെ പ്രസിദ്ധമായ ഗോവർദ്ധനോദ്ധാരണ ലീല ഇന്ദ്രന്റെ പരീക്ഷണത്തെ ഭഗവാൻ അതിവർത്തിപ്പിച്ച് ഗോപികമാരെയും പശുക്കുട്ടികളെയൊക്കെ രക്ഷിക്കുന്ന ഗോവർദ്ധന ലീല അതിന്റെ കൂടെയാണ് ഗോവിന്ദാഭിഷേകം എന്ന് പറയുന്ന ലീലെ ആ ഒരു ഇതും കൂടി നമുക്ക് നോക്കാം കഥാജിൽ ഗോപാലാൻ വിഹിതമഹ സംബാര വിഭവാൻ നിരീക്ഷത്താം ശൗരെ വിജാനനപ്പേദാൻ വിനയമുദു നന്ദാതിമശവാൻ അവൃച്ച കോയം ജനകപവതാമുദ്യമൈതീ കഥാചിത് ഗോപാലൻ ഒരിക്കൽ ഗോപന്മാരെല്ലാവരും കൂടി ചേർന്ന് വിഹിതമക സംഭാര വിഭവാൻ നിരീക്ഷ്യ എല്ലാവരും കൂടി ചേർന്ന് ഒരു യാഗത്തിലുള്ള സാധനങ്ങൾ സംഭരിച്ചു വെക്കുന്നത് കണ്ടു ഭഗവാൻ കാണാണ് മഖവതം ഇന്ദ്രന്റെ ദർഭം ഒന്ന് ശമിപ്പിക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒന്നും അറിയാത്തവനെപ്പോലെ ഭഗവാൻ നന്ദാദിപശവാൻ നന്ദഗോപാദികളുടെ അടുത്തി എന്നൊരു വിനയത്തോടെ ചോദിച്ചു ഏ അച്ചാ ഖം ഉദ്യമക്കവാ ഇതെന്താണ് ഉദ്യമം നിങ്ങൾ കുറെ സാധനങ്ങളൊക്കെ സംഭരിച്ചു വെക്കുന്നത് കാണുന്നു എന്തിനുള്ള പുറപ്പാടാണ് എന്നിങ്ങനെ വിനയപൂർവം അച്ഛനോട് ശ്രീകൃഷ്ണ ഭഗവാൻ ചോദിച്ചു അപ്പൊ പറയാണ് ബവാഷേ നന്ദസ്വാം മകോ വർഷേ വർഷേണ പ്രതിമിം വർഷായം നിഖിലമുപജീവം ഉണ്ണി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ഉണ്ണിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്താണ് ചെയ്യുന്നത് ഇന്ദ്രന് വേണ്ടിയിട്ടുള്ള ഒരു യാഗമാണ് ഉണ്ണി ഇത് വർഷം വർഷം മകവധർഷേ വർഷേ ഇത് എല്ലാ വർഷവും നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു യാഗമാണ് ഇന്ദ്രയാഗം എന്ന് പറയും കാരണം ഇന്ദ്രനാണ് മകോ വർഷേ വർഷേ ഇന്ദ്രനാണ് വർഷം തരുന്നത് മഴ തരുന്നത് സുഖയതി സവർഷണേ പ്രതിവീം ഈ ഭൂമിയാണെങ്കിൽ മഴവെള്ളത്തിലാണ് ചെടികളൊക്കെ പൊട്ടിമളച്ച് സുഖവതിയാവുന്നത് അതുപോലെ തന്നെ മഴ കൊണ്ടാണ് നൃാം നമ്മളും മനുഷ്യരുടെ ജീവിതവും നടക്കുന്നത് വെള്ളമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ ഉണ്ണി അതുപോലെ നികലം ഉപജീവ്യം ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളും ജീവിക്കുന്നത് വെള്ളമുള്ളത് ഉണ്ണി അപ്പൊ വെള്ളം നമുക്ക് കിട്ടണമെങ്കിൽ ആരെ പ്രീതിപ്പെടുത്തണം ഇന്ദ്രനെ പ്രീതിപ്പെടുത്തണം അതുകൊണ്ടാണ് ഉണ്ണി നമ്മൾ ഇന്ദ്രയാഗം ചെയ്യുന്നത് ഇത് കേട്ടപ്പോ ഭഗവാൻ അച്ഛന് കൊടുക്കുന്ന മറുപടി ചെറിയ കുട്ടിയാണെങ്കിലും ഭഗവാൻ എത്ര വിവേകപൂർവമാണ് മറുപടി കൊടുക്കുന്നത് ഇതി ശ്രുവാ വാചി ഭവാനാഹസരസം ദിക്ക്ദെന്നോ സത്യം ഭഗവജനിതാ വൃഷ്ടിരിര് അദൃഷ്ടം ജീവാന സജതികലു വൃഷ്ടിം സമജിദ മഹാരണ്യേ വൃക്ഷനിന്ദ്രാ ദ ഭഗവാനോട് അച്ഛൻ ഇപ്രകാരം പറഞ്ഞ സമയത്ത് ഇതി വാചം വാക്കുകൾ കേട്ട സരസം വിനയാന്യുതനായ അച്ഛനോട് പറയാണ് ഏതദ്ധിക്ക് ഇത് നിന്യമാണച്ച ഇത് നല്ലൊരു പ്രവൃത്തിയല്ല അച്ഛൻ പറയുന്നത് ശരിയായിട്ടുള്ള വിധത്തിലല്ല ഭഗവാൻ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു മഹത്തായ യാഗ സംസ്കാരത്തെ നിന്ദിം എന്ന് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഭഗവാൻ ശരിയില്ല കാരണം ഇന്ദ്രനല്ല മഴ തരുന്നത് മകവൽജനിതാവൃഷ്ടി ഇന്ദ്രനല്ല വെള്ളം തരുന്നത് പിന്നെയോ ജീവാനാംസജ ജനികളോ ജീവികളുടെ കർമ്മമാണ് നാം പ്രകൃതിയോട് കാണിക്കുന്ന കർമ്മമാണ് ഇവിടെ മഴ തെളിയിക്കുന്നത് ഇത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ സൂക്ഷ്മമായി ചിന്തിക്കേണ്ടതുണ്ട് മനുഷ്യ മനസ്സിനെ അറിയാൻ പ്രകൃതിക്ക് അറിയുന്നതാണ് മനുഷ്യ മനസ്സ് ഈ പ്രകൃതിയെ സ്നേഹിക്കുന്നതായാൽ പ്രകൃതിയും ആരെ സ്നേഹിക്കും മനുഷ്യ മനസ്സിനെ ഭഗവാൻ പറയും പരസ്പരം ഭാവയെന്ത ശ്രേയ പരമവാപ്സ്യത പരസ്പരം ഭാവയെന്ത നിങ്ങൾ അതിനെ സ്നേഹിച്ചാൽ അത് നമുക്ക് നോക്കാം നമ്മൾ ജീവജാലങ്ങളിലേക്ക് നോക്കും നിങ്ങൾ ഒരു പശുവിനെ നിങ്ങൾ സ്നേഹിച്ചാൽ ആ പശു നമ്മളെ സ്നേഹിക്കും അല്ലേ എന്നിപ്പോ എന്തിനാ അത്രയധികം പറയുന്നത് പട്ടികളെ സ്നേഹിക്കുന്നില്ലേ ആൾക്കാര് മനുഷ്യരെക്കാളും കൂടുതലല്ലേ പട്ടികളെ സ്നേഹിക്കുന്നത് അതുകൊണ്ടല്ലേ മക്കളോട് പറയുന്നത് നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നതിന് പകരം അതിനായിരുന്നു അല്ലതും കൊടുത്തെങ്കിൽ അത് പാലങ്കിലാട്ടി സ്നേഹം പ്രകടിപ്പിക്കുകയായിരുന്നു വസ്ത്രമാത്രം മനുഷ്യൻ പ്രകൃതിയിലുള്ള ജീവജാലങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട് തായ്ലന്റിലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു അറിയില്ല പുലികളുടെ കൂടെ ജീവിക്കുന്ന സന്യാസിമാരുണ്ട് ഏത് ക്രൂരമൃഗത്തെയും മനുഷ്യനും ജീവിച്ച് തന്റെ മനസ്സ് മാറ്റാൻ സാധിക്കും ചെടികളെ സ്നേഹിക്കാൻ സാധിക്കുന്നവരണത് ചെടികളോട് നമുക്ക് സംവദിക്കാൻ സാധിക്കുന്നവർ നിങ്ങൾ കേട്ടിട്ടോ അറിയില്ല കൽക്കട്ടയിലൊരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു ജെ ജെ എന്താണ് ജെ സി അദ്ദേഹത്തിന് ചെടികളോട് സംവദിക്കാൻ സാധിക്കുമായിരുന്നു അദ്ദേഹത്തിന് ചെടികളുടെ വികാരങ്ങൾ അറിയാൻ സാധിക്കുമായിരുന്നു അപ്പൊ ചെടികളോടും അതുപോലെ തന്നെ മൃഗങ്ങളോടും മനുഷ്യ മനസ്സിന് സംവദിക്കാനും സ്നേഹിക്കാനും അതിനെ തിരിച്ച് സ്നേഹിക്കാനും സാധിക്കുമെങ്കിൽ ഈ മണ്ണിനും ആകാശത്തിനും അന്തരീക്ഷത്തിനും എല്ലാം നമ്മളോട് സംവദിക്കാനും നമുക്ക് സ്നേഹിക്കാനും നമ്മളെ തിരിച്ച് സ്നേഹിക്കാനും സാധിക്കണം കാരണം ഇതെല്ലാം വന്നിരിക്കുന്നത് എവിടെ മണ്ണിൽ നിന്നാണ് ഇത് മനസ്സിലാക്കിയ ഒരു ജനത ഭാരതത്തിൽ പണ്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവര് പ്രകൃതിയെ സ്നേഹിച്ച് ജീവിച്ചത് അതുകൊണ്ട് അവർക്ക് വെള്ളവും കിട്ടിയിരുന്നു ഇന്ന് നമ്മൾ പ്രകൃതിയെ ദ്രോഹിച്ച് ദ്രോഹിച്ച് ദ്രോഹിച്ച് പ്രകൃതി നമ്മളെ ദ്രോഹിക്കാൻ തുടങ്ങി അങ്ങോട്ട് ദ്രോഹിച്ചാൽ പിന്നെ ഇങ്ങോട്ട് ദ്രോഹിക്കാണ്ടിരിക്കോ അതുകൊണ്ട് ഭഗവാൻ പറയുന്നു ജീവാനാം സർജരികളോ മഴ പെയ്യുന്നത് ഇന്ദ്രനല്ല മഴ പെയ്യ്ക്കുന്നത് ഇന്ദ്രനല്ല ജീവികളുടെ ശ്രേഷ്ഠമായ പ്രവൃത്തിയാണ് കർമ്മമാണ് അതുകൊണ്ട് മഹാരണ്യവൃക്ഷാമേവലി ഇന്ദ്ര ആയതേ നിങ്ങൾ അച്ഛൻ ഇന്ന് ചിന്തിക്കൂ ലേശം കോമൺ സെൻസ് വേണ്ട അച്ഛനെ കൊടും കാട്ടിൽ വൃക്ഷങ്ങൾക്ക് മഴ കിട്ടുന്നല്ലോ അവർ ഇന്ദ്രൻ എന്ത് യാഗ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ഏതൊരു എം പറഞ്ഞതുപോലെ വൃക്ഷങ്ങൾ മുറിക്കുന്നതുകൊണ്ടാണ് മഴ പെയ്യാത്തെന്ന് പറഞ്ഞപ്പോ അയാൾ ചോദിക്കുകയാണ് അപ്പൊ കടലില് മഴ പെയ്യും തോന്നുന്നത് വൃക്ഷല്ലല്ലോ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബുദ്ധി അങ്ങനെയാ പോയത് ഇതുപോലെ കൊടും കാട് എന്ത് യാഗമാണ് ഇന്ദ്രന് ചെയ്യുന്നത് എന്താ അച്ഛൻ തോതിവാസം പറയുന്നത് അതുകൊണ്ട് ഇന്ദ്രനു നല്ല യാഗം ചെയ്യേണ്ടത് പിന്നെ ആർക്കാണ് ഇതം താവൽ സത്യം എതിക പശവോ ന കുലധനം തദാജീവ്യയാസോരധനവർ സമുചിതരേഭ്യോത്കൃഷ്ടനുധരണിദേവാദിതലേ തദസ്തേ ത്യാധ്യതത്വം നിതതനാൻ അച്ഛനോട് പറയാണ് അച്ഛ അച്ഛൻ പറഞ്ഞല്ലോ പശവ ന ഇതി പശുക്കളാണ് നമ്മുടെ കുലധനം എന്ന് പറഞ്ഞ ശരിയാണ് കാരണം പശുക്കളുള്ളതുകൊണ്ടാണ് കൃഷി ചെയ്യാൻ പറ്റുന്നത് പാലും മോരും തൈരും വെണ്ണയും നെയ്യെല്ലാം കിട്ടുന്നതൊക്കെ പശുക്കളെ കൊണ്ടാണ് അച്ഛൻ പറഞ്ഞ് ശരിയാണ് പക്ഷെ ഒന്നുണ്ട് ആ ജീവികൾക്ക് കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള പുല്ലും കൊടുക്കുന്നതിന് കാരണം പർവ്വതങ്ങളാണ് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഭൂമിയിലേക്ക് പെയ്യുന്ന മഴ അത് ഭൂമി വലിച്ചെടുത്ത് നമുക്ക് തരുന്നതാരാണ് എവിടുന്നാ നദികളൊക്കെ ഉത്ഭവിപ്പിക്കുന്നത് വലിയ വലിയ പർവ്വതങ്ങളിൽ നിന്ന് അപ്പൊ പർവ്വതങ്ങളില്ലെങ്കിൽ നമുക്ക് കുടിക്കാനുള്ള വെള്ളം ഇവിടെ കിട്ടില്ല അതുകൊണ്ട് പ്രത്യക്ഷമായി നമുക്ക് വെള്ളം തരുന്നത് ആരാണ് പർവ്വതമാണ് അതുകൊണ്ടെ സംബന്ധിച്ച് നമ്മൾ ബലി കൊടുക്കേണ്ടത് നമ്മൾ പൂജിക്കേണ്ടത് നമ്മുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന ഈ പർവ്വതത്തെയാണ് എന്ന് മാത്രമല്ല നമുക്ക് നല്ല സംസ്കാരങ്ങൾ പറഞ്ഞു തരുന്ന സുരേബ്യോപി ബ്രാഹ്മണരെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ നല്ല സംസ്കാരങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരാണ് നോക്കൂ ഭഗവാൻ ബ്രാഹ്മണൻ പറയുന്നത് ഇവിടെ പറയുന്നത് നേരത്തെ യാഗം ചെയ്യുന്ന ബ്രാഹ്മണരെയല്ല അങ്ങനെ ഭഗവാൻ ബ്രാഹ്മണൻ എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത് സമൂഹത്തിന് നല്ല സംസ്കാരങ്ങൾ കൊടുക്കുന്നവരെയാണ് ബ്രാഹ്മണർ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ പൂജിക്കേണ്ടത് അതുകൊണ്ട് അച്ഛ ബ്രാഹ്മണനെയും ഗോവർദ്ധനത്തെയും പൂജിക്കാമെന്ന് അച്ഛനും നിർദ്ദേശം കൊടുത്തു ഇത് കേട്ടപ്പോ ഭവൽവാചം ശിയുദാസ്തേ വിവശുവാജേന്ദ്രാനന്തോ ബലിമധുരുദക്ഷിണ്യം ഇപ്രകാരം ഭഗവാൻ പറഞ്ഞ സമയത്ത് പശുവാ ഭഗവാൻ പറഞ്ഞതൊക്കെ കേട്ടപ്പോ അവർക്ക് വളരെ സന്തോഷമായി ബഹുമതിയുത അവര് പറഞ്ഞത് ഉണ്ടോ പറഞ്ഞു സ്റ്റോപ്പ് ഇറ്റ് ഇനി മുതൽ നമ്മള് ഇന്ദ്രനെ ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞു വെറുതെ അയാൾക്ക് സ്വാഹ എന്ന് പറഞ്ഞിട്ട് വെറുതെ സമയങ്ങളേണ്ട ഇനി മുതൽ നമ്മള് ദിജേന്ദ്ര ഇവിടെ ദേവേന്ദ്രന് തുല്യമായിട്ടുള്ളത് നമുക്ക് സംസ്കാരം പറഞ്ഞു തരുന്ന ബ്രാഹ്മണരാണ് പോരാത്തതിന് ശൈലാത്മ നമ്മുടെ മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന ഗോവർദ്ധനവർവ്വതമാണ് അവരെ നമുക്ക് പൂജിക്കാം എന്ന് പറഞ്ഞ് അവർ പൂജ തുടങ്ങി എന്നിട്ടോ വിതം അയം ഗോത്രോ ഗോത്രേജ കുപിതരേ ക്ഷിതമിത്യുക്തിലാ ഗോകുലുഷാ ഗോപന്മാര് ഗോവർദ്ധനത്തെ പൂജിക്കുന്ന സമയത്ത് ഗോവർദ്ധന ഭഗവാൻ എന്തു ചെയ്തു ഗോവർദ്ധനത്തിന്റെ ചെറിയൊരു രൂപമെടുത്തു എന്നിട്ട് വായ പൊളിച്ച് പ്രസാദം കൊടുക്കുന്നതിന് അവിടെ ചെന്നു അപ്പൊ ഇങ്ങനെ വായ പൊളിച്ചപ്പോ അടയും പായസവും ചോറും ഒക്കെ അതിങ്ങനെ ഭഗവാൻ കഴിക്കാൻ തുടങ്ങി അപ്പം ഇപ്പുറത്തുനിന്ന് കുട്ടിയെ കൃഷ്ണൻ പറയാണ് എന്തെങ്കിലും ഇതിനെ വായ പൊളിച്ചിട്ടുണ്ട് അതുപോലെ അവ ചെറു വളരെ വിശ്വാസമായി ഇതുവരെ ഇന്ദ്രൻ വന്നിട്ട് വായപൊളിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ രംഗം കാണുന്നത് ഇത് കണ്ടതും അവ ഭഗവാൻ പറയാണ് ഇമേ നിഗതിതം കിംവിതം ഞാൻ പറഞ്ഞത് സത്യം അസത്യമായോ കണ്ടില്ലേ ഇരീന്ദ്രസപുഷാ സബലി ഉപമുക്തേ പർവ്വതം തന്നെ വന്നിട്ട് വായപൊളിക്കണു ഇന്നും നിങ്ങൾ ഗോവർദ്ധന പർവ്വതത്തിന് പ്രദക്ഷിണം വെക്കാൻ പോയാൽ ഗോവർദ്ധന പർവ്വതത്തിനൊരു മുഖം ഉള്ളൊരു ഭാഗമുണ്ട് മനുഷ്യന്റെ മുഖം പോലൊരു ഭാഗമുണ്ട് അവിടെ ഒരു ക്ഷേത്രം പോലെയൊക്കെ കെട്ടിയിട്ട് അവർ പൂജ ചെയ്യുന്നുണ്ട് അഭിഷേകാദികളൊക്കെ അതിലൂടെയാണ് അവരുടെ വിശ്വാസം ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകളുടെ വിശ്വാസം ആ മുഖത്തിലൂടെയാണ് ഈ പ്രസാദങ്ങളൊക്കെ സ്വീകരിച്ചത് എന്നുള്ളൊരു വിശ്വാസമുണ്ട് ഇപ്രകാരം പറഞ്ഞിട്ട് ആ അച്ഛനെ വളരെ സന്തുഷ്ടനാക്കി ഇതൊക്കെ കഴിഞ്ഞപ്പോഴോ ഇന്ദ്രന് ഇനി ഇന്ദ്രൻ കോപിച്ചാലും പറയാണ് ഇന്ദ്രൻ കോപിക്കും എന്നൊക്കെ ഭഗവാൻ അറിയാം ഈ പർവ്വതം നമ്മളെ രക്ഷിക്കും ചോത്രേ ശുദ്ധിശി ചുപിതേ കുപിതേ രക്ഷിതമലം ഇപ്രകാരം പറഞ്ഞ് എല്ലാവർക്കും നല്ല ആത്മധൈര്യം കൊടുത്തു എന്നിട്ടോ പരിപ്രീതായാത ്രജജുഷാം വിഭംഗം നിശമയൻപ്യതികരശാക്ാന്തൃദയോരോതുപേദരിൽ ഭഗവാൻ പറഞ്ഞതൊക്കെ കേട്ടും ഭഗവാൻ പറഞ്ഞതൊക്കെ ചെയ്തും വളരെ സന്തുഷ്ടരായി തീർന്ന അവര് തിരിച്ച് വൃന്ദാവനത്തിലേക്ക് പോയ സമയത്ത് നിജമക വിഭംഗം നിശമയൻ ഭവന്തം ജാനന്ന ഇപ്രകാരം തനിക്ക് കിട്ടേണ്ടെന്ന യാഗം ഭഗവാൻ കൃഷ്ണൻ മുടക്കിയെന്ന് കണ്ടപ്പോ ഭഗവാന്റെ മഹിമ അറിയുന്ന ഇന്ദ്രൻ തനിക്ക് സ്ഥാനം തന്നിരിക്കുന്നത് പോലും ഈ ഭഗവത്കാരുണ്യമാണ് എന്നറിയുന്ന ഇന്ദ്രൻ അവൻ അഹങ്കാരം ഭഗവാനോട് അധിക രചസ ആക്രാന്ത ഹൃദയ മനസ്സിൽ അധികമായ അഹങ്കാരം മുഴുത്ത് ഭഗവാനെ ഒന്ന് പരീക്ഷിക്കാൻ നിശ്ചയിച്ചു എന്ത് ചെയ്തു മനുഷ്യത്വം യാദോ മധുവിതവിദേവേഷവിനയം വിദത്തേജയം കോം ശിഷ്യേ പശുപടകി പ്രവൃത്തസ്ത്വം സകിലമഗവാദുർമ്മതനിധി മനുഷ്യത്വം യാദോ മധുവി ദേവനാണത്രേ വിഷ്ണു ആണത്രേ എന്നിട്ടാണോ എങ്ങനെ മനുഷ്യൻ മനുഷ്യരെ കൊണ്ട് ഇങ്ങനെയൊക്കെയാണോ ചെയ്യിക്കേണ്ടത് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഭാഗമാണേ ഇന്ദ്രന് തോന്നുന്ന ചിന്തകളാണ് ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് ഇതുവരെ തുടർന്നു വന്ന ഒരു സംസ്കാരത്തെ തെറ്റിക്കുകയാണോ വിഷ്ണു വേണ്ടത് മനുഷ്യർക്ക് എങ്ങനെയൊക്കെയല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ആ വിഷ്ണുവിന്റെ മഹിമ ഒന്ന് കാണട്ടെ നേരിട്ട് ഇങ്ങനെ എന്നെ ധിക്കരിച്ചുകൊണ്ട് ഗോപന്മാരെ വഴിതെറ്റിച്ചിരിക്കുന്ന വിഷ്ണുവിന്റെ മഹിമ കാണിച്ചുതരാം ഗോപന്മാരുടെ ധിക്കാരം ഞാൻ ഒന്ന് കാണിച്ചുതരാം എന്ന് പറഞ്ഞ് ഇന്ദ്രൻ ആ വൃന്ദാവനം മുഴുവൻ നശിപ്പിക്കാൻ മനസ്സിൽ സങ്കൽപ്പിച്ചു എങ്ങനെയാണ് പ്രളയജലദംബരഭുവിഹിന്ദൻ ണ കുലിചമയമ്രേദഗമന പ്രതസ്തേനോന്മായാ ത്രിഭുവനവതേ മോഹേദികം ഇന്ദ്രൻ അവിടെ നിന്നളകി അയാൾ എല്ലാ മേഘങ്ങളെയും വരുത്തി അമേരിക്കയിലും ഫ്രാൻസിലും ജപ്പാനിലൊക്കെയുള്ള മേഘങ്ങളോട് പറഞ്ഞു കം ടു ഇന്ത്യ അതും വൃന്ദാവനത്തിനെ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് സ്വയം ഐരാവതത്തിന് മുകളിലേറി അദ്ദേഹത്തിന്റെ വജ്രായുധം എടുത്തുകൊണ്ട് അവിടുന്ന് വായുവിനോടൊക്കെ വരാൻ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ വായുദേവൻ മനസ്സിൽ പറഞ്ഞു കണക്ക് തന്നെയെന്ന് ആരോടാണ് കളിക്കുന്നത് മനസ്സിൽ പൊട്ടൻ വിവരമില്ലാത്തവെന്ന് ഇന്ദ്രനെ ആദരിച്ചില്ല എന്നിട്ടും ഇന്ദ്രൻ പറഞ്ഞ അനുസരിക്കാൻ കഴിയാൻ പറ്റില്ലല്ലോ കാരണം മുതലാളി അല്ലേ ഞങ്ങള് അവരൊക്കെ വന്ന് എല്ലാവരും വൃന്ദാവനത്തിന് മുകളിൽ എത്തി എന്നിട്ടോ സുരേന്ദ്ര ദിനകരുണയാ ചൈല കൃപയാവി അനാഥംഗോസ്മാകം അഹോ കിം നായാദോ അന്തരീക്ഷം മുഴുവൻ കാർമ്മികം കൊണ്ട് അങ്ങോട്ട് കറുത്തു അവർക്ക് മനസ്സിലായി കുടും മഴ വരാൻ പോകുന്നുണ്ട് എന്ന് മഴ വരാൻ പോകുന്നുണ്ട് ഇതിൽ പേടിച്ചുപോയ ഗോപന്മാരെയൊക്കെ ഭഗവാൻ പറഞ്ഞു എന്തിനാ നിങ്ങൾ പ്രേരിക്കുന്നത് സുരേന്ദ്ര അങ്ങനെ ഇന്ദ്രൻ ദേഷ്യപ്പെട്ടാലും നമുക്ക് പ്രശ്നമില്ല കാരണം തിജകരണയാ നമുക്ക് മഹാത്മാക്കൾ നമ്മുടെ കൂടെ ഇല്ലേ അവരുടെ മനസ്സിലൊന്നും ഇന്ദ്രന്റെ പ്രവൃത്തിയിലൊന്നും അവരുടെ മനസ്സ് പകരില്ല അവരുടെ മനസ്സ് വിചാരിച്ചാൽ നമ്മളെ രക്ഷിക്കാൻ സാധിക്കും എന്തിനേറെ ശൈല നമ്മൾ പൂജിച്ച ഈ ശൈലമുണ്ടല്ലോ ഇത് നമ്മളെ രക്ഷിക്കാൻ സാധിക്കും എന്നിവർക്ക് വിശ്വാസ്യം കൊടുത്തുകൊണ്ട് ഒരു ഉറപ്പ് കൊടുത്തുകൊണ്ട് ഭഗവാൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് ഇന്ദ്രന്റെ വരവനു വേണ്ടി ഭഗവാൻ കാത്തിരുന്നു അപ്രകാരം ഗോപന്മാരെ അനുഗ്രഹിച്ച ഗുരുവായൂരപ്പ എന്റെ വാദരൂഹം മാറ്റിയാലും ഈ ഒരു അധ്യായം കൂടുതൽ മനസ്സിലാക്കാനുണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു സൂക്ഷ്മമായ തത്വം നമ്മളെല്ലാം ചില ആചാര അനുഷ്ഠാനങ്ങളിൽ കുരുങ്ങിപ്പോയവരാണ് പരമ്പരാഗതമായിട്ടോ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ടോ നാം ചില സംസ്കാരാധി പ്രത്യേകിച്ച് പൂജാതി സംസ്കാരങ്ങളിൽ കുരുങ്ങിപ്പോയവരാണ് അങ്ങനെയാണ് ഭാരതത്തില് ബലികളൊക്കെ വന്നിരിക്കുന്നത് ചില വീടുകളിലൊക്കെ നിങ്ങൾക്ക് കാണാം എന്താണ് ബലി കൊടുക്കുന്ന സംസ്കാരങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് കേരളത്തിൽ കുറവാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോഴും ഉണ്ട് എന്തിനേറെ നരബലിവരെ എന്നാണ് പറയുന്നത് ക്ഷേത്രങ്ങളിൽ തന്നെയുണ്ടല്ലോ നിങ്ങൾ കണ്ടോ കൽക്കട്ടയില് എവിടെയാണ് കളി ക്ഷേത്രത്തിൽ നേപ്പാളിലൊക്കെ പോയി നിങ്ങൾക്ക് കാണാം എപ്പോഴും ബലി കൊടുക്കുന്ന സംസ്കാരം അതെത്രയോ പരമ്പരാഗതമായി ഉണ്ടായിട്ടുള്ളൊരു സംസ്കാരമാണ് ഇന്ന് അത് അവർക്ക് മാറ്റാൻ പറ്റുന്നില്ല നമ്മുടെ നാട്ടിൽ പണ്ട് മുത്തപ്പൻ എന്നൊക്കെ പറഞ്ഞ ഏർപ്പാടുണ്ടായിരുന്നു ചില ഭാഗങ്ങളിലൊക്കെ എന്താണ് ചില ആളുകൾക്ക് കൊടുക്കുന്ന എന്തൊക്കെയാണ് ചാത്തനോ എനിക്കുള്ള ഇത്തരത്തിലുള്ള ശക്തികളെയൊക്കെ ആവാഹിച്ച് അവരെ പ്രീതിപ്പെടുത്തുന്ന ഹോമങ്ങളും യാഗങ്ങളും ഒക്കെ ഒരു പാരമ്പര്യമായിട്ട് സമൂഹത്തിൽ വന്നുകയായിരുന്നു ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇവരാണ് നമ്മളെ രക്ഷിക്കുന്നത് എന്നാണ് ഇങ്ങനെയാണ് അതിൽ കുരുങ്ങിപ്പോയത് മനുഷ്യൻ ഇന്ദ്രനാണ് മഴ തരുന്നതെന്ന് ഗോപന്മാരെ തെറ്റിദ്ധരിച്ചതുപോലെ ഈ ശക്തികളൊക്കെയാണ് എന്ന് തെറ്റിദ്ധരിച്ച് മനുഷ്യൻ അതിന്റെയൊക്കെ അടിമത്വത്തിലേക്ക് വീണ് ഇത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ലേ ഞാൻ പറയുന്നത് മനുഷ്യന്റെ തെറ്റായിട്ടുള്ളൊരു സമീപനം പറയുകയാണ് ശക്തികളൊക്കെ അവിടെ ഉണ്ടായിരിക്കാം നമ്മളതിനെ ചോദ്യം ചെയ്യാൻ പോകുന്നില്ല നമ്മളെ സംബന്ധിച്ച് യഥാർത്ഥമായ ഈശ്വരപ്രേമം പ്രീതി എന്താണ് പറയുകയാണ് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ശക്തിയും പേടിക്കേണ്ട ആവശ്യമില്ല ഒന്ന് നിങ്ങൾ ബ്രാഹ്മണ സംസ്കാരം ഉൾക്കൊള്ളുന്നവരാണെങ്കിൽ അതായത് ആധ്യാത്മിക സംസ്കാരം ഭഗവാൻ പറഞ്ഞതിനെ ഉൾക്കൊള്ളുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു സത്സംഗ സംസ്കാരമുണ്ടെങ്കിൽ രണ്ടാമത് നിങ്ങൾക്കൊരു സമർപ്പണമുണ്ടെങ്കിൽ സമർപ്പണത്തോടുകൂടിയുള്ള കർമ്മം ആര് നമ്മളെ സംരക്ഷിക്കുന്നു അവരെ നമ്മളും സംരക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളെ തളർത്താൻ ഒരു ദേവതകൾക്കും സാധ്യമല്ല ഒരു ശക്തിക്കും സാധ്യമല്ല ഇതൊക്കെ അന്ധവിശ്വാസത്തിൽ നിന്ന് നമ്മൾ മനസ്സിനെ മുക്തമാക്കണം അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് അത്തരത്തിലുള്ള ശക്തികളില്ല എന്നല്ല പറയുന്നത് ഇന്ദ്രനുണ്ടാവാം ചാത്തന്മാരുണ്ടാവാം കുട്ടിച്ചാത്തന്മാരുണ്ടാവാം ഇതെല്ലാം ഉണ്ടാവാം നമ്മളെ സംബന്ധിച്ച് ആ ശക്തികൾക്ക് ബലം കൊടുക്കുന്നത് നമുക്കവരോടുള്ള ഒരു നമുക്ക് അവരോടുള്ള ആത്മവിശ്വാസം കൊണ്ടാണ് എന്നാൽ അതിൽ നിന്നും നിങ്ങൾ മനസ്സിനെ എടുത്തുകൊണ്ട് നിങ്ങളെ നിലനിർത്തുന്ന ശക്തികളെ നിങ്ങളെ നിലനിർത്തുന്ന ശക്തികളെ നിങ്ങൾ സുസൂക്ഷ്മം മനസ്സിലാക്കിക്കൊണ്ട് സത്സംഗം ഉൾക്കൊണ്ടുകൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങളെ തളർത്താൻ ഒരാൾക്ക് സാധ്യമല്ല ഭഗവാൻ ഇന്ദ്രനെ പൂജിക്കുന്നതിന് പകരം ഗോവർദ്ധനത്തെ പൂജിച്ചു പിന്നീട് എന്തുണ്ടായി അങ്ങനെ തനിക്ക് കിട്ടേണ്ടുന്ന യാഗം മുടക്കി അത് പർവ്വതത്തിന് കൊടുത്ത സമയത്ത് ക്രുദ്ധനായ ഇന്ദ്രൻ അവിടെ വർഷം പൊഴിപ്പിക്കുകയാണ് അടുത്തതാണ് ഗോവർദ്ധനോദ്ധാരണം എന്ന് പറയുന്ന രീതി ദ്രതിശിരേ കിലവക്ഷത വ്രജപതോപരിവാരി സനിത ജംബിത കമ്പിതദിക്തട ആ ഗംഭീരമായ മുഴക്കം ഇടിനാഥത്തിന്റെ മുഴക്കം ഭയങ്കരമായ കാർമ്മികൾ മുഴുവൻ വൃന്ദാവനത്തിന് മുകളിൽ വന്നു നിൽക്കുന്നത് എല്ലാവരും ദദിശിലേക്കിൽ എല്ലാവരും കണ്ടു എന്നിട്ടോ വിപുലകരകമിശ്രൈ തോയതാരേപശനാം മണ്ഡലേ ദ്യമാനേ കുപിരഹരി ഭയങ്കരമായി ഇടിനാദൂ പേമാരിയും കണ്ട് ഭയങ്കരമായ വർഷവും കണ്ടിട്ട് ഭയവിഹലരായിരിക്കുന്ന ഗോപന്മാര് പാഹി പാഹി രക്ഷിക്കൂ രക്ഷിക്കൂ ഭഗവാനെ അവിടുന്നേ ഉള്ളൂ ഞങ്ങൾ രക്ഷപ്പിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ചുറ്റും വന്നപ്പോ മാ ആരും ഭയക്കേണ്ടതില്ല ആരും പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു ഭഗവാൻ അവരെയും കൊണ്ട് പോകുന്നു വിഹിതമിഹിത രുദ്ധ്യോനുവശയോസ്മിൻ സഹിതവാദീ ദേവഗോവർ ഈ ഗോപന്മാരെ നമ്മുടെ രക്ഷകൻ ഈ ഗോവർദ്ധനം തന്നെയാണ് നമുക്ക് വേണ്ടുന്ന പുല്ലും വെള്ളവും ഒക്കെ തരുന്നത് ഗോവർദ്ധനപർവം തന്നെയല്ലേ അതുകൊണ്ട് നമ്മളെ കുലദേവത നമ്മളെ രക്ഷിക്കും ഇഹ കുലദേവതം ഇഹ ഗോത്രശത്രു ഗോത്രശത്രുവായിരിക്കുന്ന ഇന്ദ്രന്റെ പേമാരിയെ തടയാൻ ഇവന് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ത്വരിതം ഗോവർദ്ധനാദ്രിം ഗോവർദ്ധന പർവ്വതത്തെ ഒരു കുട്ടി ഒരു കൊടയെടുക്കുന്നത് എന്ന പ്രകാരം ഭഗവാൻ ആ കൈകളിലേക്ക് തന്റെ കൈകളിലേക്ക് ഗോവർദ്ധന പർവ്വത്തെ പിടിച്ചുയർത്തി എന്നിട്ടു തതനുഗിരിവരാവൽ േണുഗോപാല ശൈലം ആ ഗോവർദ്ധനത്തെ ഉയർത്തിക്കൊണ്ട് പ്രോദൃത അസ്യഗിരിവര ആ പർവ്വതത്തിന്റെ ദൂരെ തന്നെ വെള്ളത്തെ കിട്ടി നിർത്തിയെന്നാണ് ഇങ്ങോട്ട് പ്രവേശിക്കാൻ സമ്മതിച്ചില്ല എന്നിട്ടോ അതിൽ ധേനുഗോപാൽ ഉപനിതൽ പശുക്കളെയും അതുപോലെ തന്നെ ഗോപന്മാരും കുട്ടികളും എല്ലാവരും കൂടിയും അതിൽ വന്നിട്ട് ഭഗവാൻ ഒരു കൈകൊണ്ട് ആ പർവ്വതത്തെ താങ്ങി നിർത്തിയതാണ് എന്നിട്ടോ ഭവതി വിതരശൈലേ ബാലികാപരവയേ അവിഹിതവിലാസം ോ ഏകഹസ്തേന കണ്ടോ യതി സതി പശുപാല തോഷമൈഷന്തേ ഗോവർദ്ധനത്തെ കുടയായി പിടിച്ചുകൊണ്ട് വിദ്രുതശൈലേ ഭവതി ബാലികാവിവയസ്സി വിഹിതവിലാസം ഭഗവാൻ ഗോപന്മാരോട് തമാശ പറഞ്ഞു ഗോവിയന്മാരോടും തമാശ പറഞ്ഞിരുന്നു ഒരു ശൈലം ഒരു വലിയ മറ്റൊരു ഭാഗത്ത് ഭയങ്കര മഴ ഇതൊന്നും ഭഗവാൻ ശ്രദ്ധ വയ്ക്കാതെ തമാശകൾ പറഞ്ഞുകൊണ്ടിരുന്നു ഇടയ്ക്കിടയ്ക്കെല്ലാം ഭഗവാൻ എന്ത് ചെയ്തുത്രേ ഏകഹപ്തേനെ കണ്ടു യതി സർവേ പശുക്കളെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ചൊറിഞ്ഞുകൊടുത്തു എന്നാണ് എന്തായാലും കയ്യിൽ പറവർ ചൊറിഞ്ഞു കൊടുക്കുക പറയുന്നത് ഒരു അത്ഭുതം തന്നെയായിരിക്കും ഇപ്രകാരം ഭഗവാൻ ലീലകൾ ആടി അവരെ ആ പേമാരിയുടെ ചിന്തകളിൽ നിന്നും മാറ്റി ഗിരി കരസരോരുഹിതം നിധി തൊതവലോക വിരാഗതി ഗോപകൈ ഗോപന്മാരുടെ ഉള്ളിൽ വലിയ ചിന്ത വന്നു അവര് പറയാണ് അതിമഹാൻ എത്ര വലുതാണ് ഈ ഗോവർദ്ധനം എന്നാൽ നമ്മുടെ കൃഷ്ണനാണെങ്കിലോ വളരെ ചെറിയ കുട്ടിയല്ലേ കരസരോരുകൈത്തഞ്ചിരന്തരതേ ചെറിയ കൃഷ്ണൻ ഇത് ഇടത് കയ്യിൽ ഇങ്ങനെ വഹിച്ചുകൊണ്ടിരിക്കുന്നു അത്ഭുതം അത്ഭുതം അദ്രിബലം ഇത് ഈ പർവ്വതത്തിന്റെ കഴിവോണ്ടിറ്റി ആയിരിക്കോ അതോ ഭഗവാന്റെ ഈ വഹിച്ചിരിക്കുന്ന കുട്ടിയുടെ അത്ഭുതകരമായ ശക്തിയായിരിക്കോ എന്തായാലും അവർക്ക് മനസ്സിലായില്ല എന്താ ഈ മഹത്വം അഹകദാഷ്ടമുഷ്യവടാണോ ദിവസ സപ്തമുഗ്രമവർഷയൽ ഈ കുട്ടിയുടെ ഒരു ശക്തി അഹദദാഷ്ട്യം ഇവന്റെ ഒരു ദാഷ്ട്യം നോക്കണം കുറെ കഴിഞ്ഞാൽ കായികൾ വേദനിച്ചാൽ കുട്ടി താഴെ വയ്ക്കും പർവ്വതം എന്നിങ്ങനെ അഹങ്കാരത്തോടുകൂടി ഇന്ദ്രൻ മനസ്സിലാക്കി ദിവസസപ്തമുഗ്രവർഷയൽ ഉഗ്രമായ മഴ പെയ്ച്ചുവെന്നാണ് എന്നിട്ടോ അചലതി ദേവപദാൽപഥം ഗലിത സേവജലേ ചനോൽക്കരേ അവരുതാ മരുതമ്പതി സമുമാദ്രവൽ ഏഴ് ദിവസം നിന്ന് നിൽപ്പില്ലെന്ന് ഭഗവാൻ ഇളകിയില്ല അചലതി ദേവപദാൽപഥം നിന്ന നിൽപ്പില്ലെന്ന് ഗുരുവായൂരപ്പൻ ഇളകിയില്ല എന്നിട്ടോ മഴയുടെ കാര്യമാണെങ്കിലോ ഗളിത സർവജലേഖനൽക്കര കാറ്റടിച്ച് കാറ്റടിച്ച് മഴക്കാർ മുഴുവൻ അവിടെ പോയി മഴയെല്ലാം നിന്നുപോയി കുറെ കഴിഞ്ഞപ്പോ ഇന്ദ്രന് മനസ്സിലായി ഇങ്ങനെയൊന്നും വൃന്ദാവനത്തെ നശിപ്പിക്കാൻ സാധ്യല്ല എന്ന് മഴ പെയ്ത വെള്ളമൊക്കെയാണെങ്കിലോ ഭഗവാൻ തന്നെ കാരുണ്യ ദൃഷ്ടിയാൽ എടുത്തു മാറ്റിക്കളഞ്ഞു എന്നിട്ടോ ശമമുഹിതരാ പ്രമോദി മഴ നിന്നു ഭഗവാൻ പർവ്വതത്തെ താഴെ വെച്ചു ഗോപന്മാരെല്ലാം ആശ്ചര്യത്താലും അത്ഭുതത്താലും ആ ഗുരുവായൂരപ്പനെ ആലിംഗനം ചെയ്ത് അങ്ങേറ്റത്തെ ആനന്ദോത്സവം അനുഭവിച്ചു എന്നിട്ടോ പിന്നീട് ഗുരുയപാലയം ഗദാൽ ഗുരുവായൂരപ്പ അവിടത്തേക്ക് ഈ ഗോവർദ്ധനത്തെ ഉയർത്താൻ എന്താ പ്രയാസം പണ്ട് വരാഹമൂർത്തിയായി വന്ന് ഭൂമിയെ തന്നെ ഉയർത്തിയ ഒരാൾക്ക് ചെറിയൊരു പർവ്വതം എടുത്തുപോകാൻ എന്താ പ്രയാസം ഒരു ബ്രെഡ് മുഴുവൻ എടുത്ത് ഉയർത്താൻ പറ്റിയ ആൾക്കൊരു പീസ് ഓഫ് ബ്രെഡ് ഉയർത്താൻ എന്താ പ്രയാസം അല്ലേ ഗുരുവായൂരപ്പൻ ബ്രണ്ട് വോൾ ഭൂമിയെ തന്നെ എടുത്തുയർത്തിയ ആളാണ് പിന്നൊരു പീസ് ഓഫ് അതൊന്നും അങ്ങനെയൊക്കെ ഒരു പ്രശ്നം തന്നെയല്ല അതുപോലെ ഗുരുവായൂരപ്പ ഭട്ടതിരിപ്പാട് എല്ലാറ്റിലും ഒരു അപ്പീൽ വയ്ക്കും ഇതുപോലെ ഗോവർദ്ധനത്തെ എടുത്ത് ഉയർത്തിയതുപോലെ എന്റെ വാദരോഗവും ഒന്ന് മാറ്റിത്തന്ന് എന്നെ ഒന്ന് ഉയർത്തി തന്നാൽ അതൊരനുഗ്രഹമായിരിക്കും ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് ഭഗവാനെ ഇങ്ങനെ സ്തുതിച്ചു എന്നാണ് എന്താണ് ഈ ലീലയുടെ പേര് ഗോവർദ്ധനോദ്ധാരണ ലീല എന്താണ് ഗോവർദ്ധനോദ്ധാരണ ലീല അതിനർത്ഥമെന്താണ് ഭഗവാന്റെ ഒരു സിദ്ധാന്തമുണ്ട് എന്താണ് സിദ്ധാന്തം ഇത് നമ്മൾ ധരിച്ചുവെക്കേണ്ടതാണ് ഭഗവാൻ പറയുന്നത് നിങ്ങൾ ഏതിനെ സംരക്ഷിക്കുമോ അത് നിങ്ങളെ സംരക്ഷിക്കും ഭഗവാൻ ഗീതയിൽ പറയും ഭാവയദാനേന തേദേവ ഭാവയന്തുവാ പരസ്പരം ഭാവയന്ത ശ്രേയപരമവാപ്യത ഈ ശ്ലോകം വളരെ ശ്രദ്ധിക്കണം നമുക്ക് എന്ത് പറ്റിയാല് പലരും നമ്മൾ ഗീതയൊക്കെ വായിക്കുന്നെങ്കിണ്ടെങ്കിലും അതിന്റെ സൂക്ഷ്മർത്ഥം ഗ്രഹിക്കുന്നില്ല ഗീതയുടെ അർത്ഥമൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും ദേവാൻ ഭാവ ഏതാ ഇതിനൊക്കെ റോങ് വേണ്ടാത്ത അർത്ഥങ്ങളുണ്ട് ധാരാളം അനേന എന്ന് പറഞ്ഞാൽ യജ്ഞം ഹോമം എന്നൊരർത്ഥമുണ്ട് സംസ്കൃതത്തിനൊരു ഭംഗി എന്താ വച്ചാൽ സംസ്കൃതത്തിന് ഒരേ വാക്കിന് തന്നെ അനേകം അർത്ഥങ്ങൾ ഉണ്ടാക്കാം അപ്പൊ ഓരോ ആചാര്യനും അവരുടെ സംസ്കാരത്തിനനുസരിച്ചുള്ള അർത്ഥങ്ങളാണ് ഭാരതത്തിൽ പറഞ്ഞുവെച്ചത് അതുകൊണ്ടാണ് ഇവിടെ പല സിദ്ധാന്തങ്ങൾ വന്നത് മധ്വാചാര്യര് ദ്വൈത സിദ്ധാന്തം കൊണ്ടുവന്നു ഈശ്വരൻ വേറെ ജീവൻ വേറെ ശങ്കരാചാര്യസ്വാമികൾ അദ്വൈത സിദ്ധാന്തം കൊണ്ടുവന്നു ഈശ്വരനല്ലാതെ ഇവിടെ യാതൊന്നും ഇല്ലയാണ് രസം പിന്നീട് രാമാനുജാചാര്യര് വിശിഷ്ടാദ്വൈത സിദ്ധാന്തം കൊണ്ടുവന്നു അദ്ദേഹം ജീവനും ഒന്നാണെങ്കിലും ഈ പ്രകൃതിയിൽ ഈശ്വരനും ജീവനും വേറെയാണ് ഈശ്വരൻ പ്രഭുവും ജീവൻ ആ ഈശ്വരന്റെ ദാസനമാണെന്ന ഒരു സങ്കല്പം അത് കൊണ്ടുവന്ന ആചാര്യനായിരുന്നു രാമാനുജാചാര്യൻ ഇങ്ങനെ പല തിയറികളും ഭാരതത്തിൽ വരാൻ കാരണം ആചാര്യന്മാരുടെ അറിവ് എവിടെ നിൽക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ടായിരുന്നു അവർ ശാസ്ത്രങ്ങളെ വ്യാഖ്യാനിച്ചത് ഇതിനൊക്കെ നമ്മൾ ഏത് തലത്തിൽ നിന്ന് വ്യാഖ്യാനിക്കണം എന്നത് നിങ്ങൾ ഏത് അറിവിൽ നിൽക്കുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും ഭാരതത്തിന്റെ വേദാന്ത സംസ്കാരം അദ്വൈത സിദ്ധാന്തമായതുകൊണ്ട് ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞ സിദ്ധാന്തത്തിനാണ് ഭാരതത്തിൽ മൊത്തം കൂടുതൽ പ്രചാരവും കൂടുതൽ അനുഗ്രഹവും കിട്ടിയിരിക്കുന്നത് ചിന്തകന്മാരായ ആചാര്യന്മാരെല്ലാം സ്വീകരിച്ചത് ആരുടെ സിദ്ധാന്തമാണ് ശങ്കരാചാര്യസ്വാമികളുടെ സിദ്ധാന്തം അതിനെ എതിർക്കാൻ ഇന്നേവരെ ഒരാൾക്കും സാധിക്കും ഈവൻ മോഡേൺ സയൻസ് പോലും അംഗീകരിക്കുന്നത് ആ ഒരു സിദ്ധാന്തമാണ് അദ്വൈതം എന്ന് പറഞ്ഞാൽ എനർജി അല്ലാതെ ഇവിടെ മറ്റൊന്നും ഇല്ല എന്ന് ഫിസിസ്റ്റ് പറയുമ്പോൾ ഇവിടെ ചൈതന്യമല്ലാതെ മറ്റൊന്നും ഈശാവാസ്യം ഇതും സർവം എന്ന് പറയാൻ ശങ്കരാചാര്യസ്വാമികൾക്ക് വ്യക്തമായി സാധിച്ചിട്ടുണ്ട് അതിന്റെ ദൃഷ്ടിയിലാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഈ അനേന എന്നുള്ള ശബ്ദത്തിന് ഹോമം നല്ലർത്ഥം നമ്മുടെ സംസ്കാരം എന്നർത്ഥം ആദരവ് സംസ്കാരം സഹകരണം പ്രൊട്ടക്ഷൻ ഇങ്ങനെ കറത്തെടുക്കാം അപ്പൊ നമ്മൾ ദേവാൻ െ സംരക്ഷിക്കുന്ന പ്രകൃതി ദേവന്മാരെ സംരക്ഷിക്കുകയാണെങ്കിൽ അത് നമ്മളെയും സംരക്ഷിക്കും ഏതിനെയൊക്കെയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത് പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രധാനമായും നമുക്ക് സംരക്ഷിക്കേണ്ടത് മൂന്ന് പ്രകൃതികളെയാണ് മൂന്നെണ്ണത്തെയാണ് ഒന്നാമത്തത് സ്ഥൂലമായ ഭൂമി വെള്ളം വായു ഇതെല്ലാം നമ്മൾ സംരക്ഷിച്ചാൽ അത് നമ്മളെയും സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ എന്താർത്ഥം എന്ന് പറഞ്ഞാൽ യഥാർത്ഥം നമ്മൾ ഈ പ്രകൃതിയെ നശിപ്പിക്കാതിരുന്നാൽ പ്രകൃതി നമ്മളെയും നശിപ്പിക്കില്ല ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടത് അല്ലേ അമിതമായിട്ട് രാസവസ്തുക്കളും അതുപോലെ തന്നെ ഇന്ന് പെട്രോളിയം പ്രൊഡക്റ്റൊക്കെ കൂടിക്കൂടി അന്തരീക്ഷം നശിപ്പിച്ചു അതുകൊണ്ടിപ്പോൾ ആളുകൾക്ക് ആസ്മയും വേണ്ടാത്ത രോഗങ്ങളും കൂടി വരികയാണ് നമ്മൾ അതിന്റെ താളം തെറ്റിച്ചപ്പോ അത് നമ്മുടെ താളവും തെറ്റിച്ചു പ്രകൃതി നശിപ്പിച്ചു അപ്പൊ പ്രകൃതിയെ സംരക്ഷിച്ചാൽ പ്രകൃതി നമ്മളെയും സംരക്ഷിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് കാണാം വേദങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഋഗ്വേദത്തിലൊക്കെ അയം ഭൂമി മാത അയം പൃഥിവി മാത ഈ ഭൂമി അമ്മയാണ് വായുദേവനാണ് ഇവരൊക്കെ ത്വം വായു വായു ബ്രഹ്മ വായു ബ്രഹ്മമാണ് ഇങ്ങനെയൊക്കെയുള്ള മന്ത്രങ്ങളൊക്കെ നമുക്ക് വേദങ്ങളിൽ കാണാൻ സാധിക്കും അപ്പൊ ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വര ചൈതന്യമായി കണ്ട് സംരക്ഷിച്ച ഒരു സംരക്ഷ ഒരു സംസ്കാരമാണ് പ്രകൃതിയെ നമ്മളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് പ്രകൃതി സംരക്ഷണം രണ്ടാമത്തതാണ് സമൂഹത്തെ സംരക്ഷിക്കുക സമൂഹം എന്ന് പറഞ്ഞാൽ സമൂഹ ജീവജാലങ്ങളെ സംരക്ഷിക്കുക മനുഷ്യനും മറ്റുള്ള ജീവജാലങ്ങളെയൊക്കെ സംരക്ഷിക്കുക അതെങ്ങനെയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത് സഹകരിച്ചും ദാനം ചെയ്തുമൊക്കെ നമ്മൾ നമ്മളിലുള്ള ഷെയർ ചെയ്തുകൊണ്ട് സംരക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്താൽ അവരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും നമ്മൾ ആരെയും ഹെൽപ്പ് ചെയ്യാതിരുന്നാൽ ആരും നമ്മളീ ഹെൽപ്പ് ചെയ്യില്ല നോക്കുന്നതാണല്ലോ നമ്മൾ കാണുന്നത് ചിലരൊക്കെ റോട്ടിൽ കടന്നാലും ആരും എടുത്തുകൊണ്ട് പോകാത്തത് എന്താണ് ആക്സിഡന്റ് മണിക്കൂർ കഴിഞ്ഞിട്ടേ കൊണ്ടുപോകുന്നുള്ളു ചിലരെ ചിലർ ഹോസ്പിറ്റലിൽ പോയി കടന്നാലും എല്ലാവരുമുണ്ട് പണമുണ്ട് എല്ലാവരുണ്ട് ഒരു മനുഷ്യജീവി തിരിഞ്ഞു നോക്കില്ല ജീവിതത്തിൽ ആരെയും മര്യാദയ്ക്ക് നോക്കിയിട്ടുണ്ടാവില്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവില്ല ഇന്ന് സമൂഹം ഇതൊക്കെ തിരിച്ചറിയുണ്ട് കേവലം ഭാര്യയും മക്കളും പോരാ സമൂഹം വേണം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ സഹായിക്കാൻ ഒരു സമൂഹം വേണം അല്ലെങ്കിൽ സമൂഹമല്ലെങ്കിൽ ഇവിടെ നിലനിൽക്കാൻ പറ്റും ഇതൊക്കെ തിരിച്ചറി വരുന്നുണ്ട് പക്ഷേ അതൊക്കെ ഒരു നല്ല രീതിയിൽ കൊണ്ടുവരാൻ ഇന്നത്തെ നമ്മുടെ തലമുറയ്ക്ക് സാധിക്കുന്നില്ലേ കാരണം ജോലിയും അതും പഴയ ക്ലബ്ബുകളിലേക്കാണ് അവർ പോകുന്നത് അങ്ങനെ അതപ്പതിച്ചുപോയി നമ്മുടെ പഴയൊരു സംസ്കാരം ഉണ്ടായിരുന്നല്ലോ അതൊരു ഗംഭീരമായിരുന്നു ഒരു കല്യാണം ഉണ്ടെങ്കിൽ വീട്ടിലെ അടുത്ത ആളുകളും എല്ലാവരും ഒത്തിച്ച് ഒന്നിച്ചു ചേർന്ന് അല്ലേ അങ്ങനെയൊരു ഉത്സവം പോലെ ആഘോഷിക്കുന്ന ഒരു സംസ്കാരം അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ദുഃഖം കുറവായിരുന്നു എന്തുകൊണ്ടാണ് ദുഃഖം കുറവായത് ദുഃഖമില്ലാത്തതുകൊണ്ടല്ല അത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ പറ്റുമായിരുന്നു ഇന്ന് ഷെയർ ചെയ്യുന്ന സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് ദുഃഖത്തിന്റെ കാഠിന്യം ഇന്റൻസിറ്റി കൂടുതലാണ് അന്നുകൊണ്ട് ദുഃഖം ഇന്നുമുണ്ട് ദുഃഖം മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ സമൂഹം എന്ന് പറയുന്ന ആ സംസ്കാരത്തെ നമ്മൾ നമ്മൾ പങ്കുവെക്കേണ്ടതായിരുന്നു നമ്മുടെ കയ്യിലുള്ളത് ഇതിനാണ് അന്നദാനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തതാണ് പിന്നെ നമ്മൾ സംരക്ഷിക്കേണ്ടതാണ് നമ്മുടെ തന്നെ മനസ്സിനെ എന്ന് പറയണം നമ്മുടെ ജീവിതം കൊണ്ടു നമ്മളെ സഹായിക്കുന്ന വലിയൊരു ശക്തിയാണ് ഏത് മനസ്സ് കാരണം മനസ്സ് തളർന്നാൽ ജീവിതം തളർന്നു അതുകൊണ്ട് മനസ്സിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ധർമ്മമാണ് എങ്ങനെയാണ് മനസ്സിനെ സംരക്ഷിക്കേണ്ടത് മനസ്സിനെ സംരക്ഷിക്കേണ്ടത് മനസ്സിനെ എപ്പോഴും ആരുടെ കൂടെ കൊടുക്കലാണ് ഭഗവാന്റെ കയ്യിലേൽപ്പിക്കലാണ് അപ്രകാരമുള്ളൊരു ഭക്തി സംസ്കാരത്തിലൂടെ മനസ്സിനെ സംരക്ഷിച്ചാൽ നാം മനസ്സിനെ സംരക്ഷിച്ചാൽ മനസ്സ് നമ്മളെയും സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നിങ്ങൾ മനസ്സിനെ ഭഗവാനിലേക്ക് എടുപ്പിക്കും തോറും എന്തെല്ലാം ദുരന്തങ്ങൾ വന്നാലും മനസ്സ് നിങ്ങളെ തളർത്തില്ല എന്ന് പറയണം നിങ്ങൾ മനസ്സിനെ ഉയർത്തിയാൽ മനസ്സ് നിങ്ങളെയും ഉയർത്തിയിരിക്കും ഇന്ന് മനസ്സിനെ തീരെ കയറിയാതെ ജീവിക്കുന്നതോടാണ് ദുരന്തങ്ങൾ വരുമ്പോൾ മനസ്സ് തളരുന്നതും അവർ തളരുന്നതും മനസ്സിലാവുന്നുണ്ടല്ലോ ഇത് അപ്പൊ ഭഗവാൻ ഇന്ദ്രനെ ഇന്ദ്രന് കൊടുക്കേണ്ട പൂജ മാറ്റിവെച്ച് ഗോവർദ്ധനത്തെ പൂജിച്ചു എന്ന് പറഞ്ഞാലർത്ഥം ഇന്ദ്രൻ നമ്മുടെ അഹങ്കാരത്തിന്റെ പ്രതീകമാണ് നമ്മുടെ അഹന്ത പറയുന്നത് ജീവിക്കാതെ മനസ്സിനെ നമ്മൾ ഗോവർദ്ധന എന്ന് പറഞ്ഞാൽ ഗോക്കളെ ഗോക്കളിലൂടെ ജീവിതത്തെ വർദ്ധിപ്പിക്കുന്നവൻ ഗോവർദ്ധനം ആ സൂക്ഷ്മമായ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ ഗോ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയെന്നാണ് അർത്ഥം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ഗോ എന്ന് പറഞ്ഞാൽ അപ്പൊ ഗോക്കളിലൂടെ ഇന്ദ്രിയങ്ങളിലൂടെ ജീവിതത്തിന്റെ അനുഭവത്തെ വർദ്ധിപ്പിക്കുന്നത് ആരാണ് ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവങ്ങൾ നേടി ജീവിതത്തെ കൊണ്ടു ആരാണ് നിങ്ങൾ കൂടെ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവങ്ങൾ നേടി നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് ആരാണ് നിങ്ങളുടെ മനസ്സാണ് ഈ ദർസ് നോ മൈ ദർസ് നോ ലൈഫ് ഉണ്ടോ കോമയിൽ കിടക്കുന്നവരെന്ത് ജീവിത ഉള്ളത് ഉണ്ടോ അപ്പൊ നിങ്ങളുടെ മനസ്സ് തന്നെയാണ് ഏത് ഗോവർദ്ധന അതിനെ നമ്മൾ പൂജിക്കുക പറഞ്ഞാൽ അതിനെ നിങ്ങൾ കയറിയതാൽ ഒരു ദുരന്തം വരുമ്പോ അത് നിങ്ങളെയും കയറിയും ഇത് വളരെ സത്യമല്ലേ ശ്രദ്ധിക്കൂ നിങ്ങൾ അപ്പൊ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്താൽ ആ മനസ്സ് നിങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യും എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ജീവിതത്തിൽ തളരേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വന്നാൽ മനസ്സ് നിങ്ങളെ ഒരിക്കലും തളർത്തില്ല ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ മനസ്സിനെ കെയർ ചെയ്താൽ മനസ്സ് നിങ്ങളെയും കെയർ ചെയ്യും ദാറ്റ്സ് ആൾ ഇതൊരു സയൻസാണത് ഇത് മനസ്സിലാക്കാതെ നമ്മളൊരു പർവ്വതത്തെ പൂജിക്കാമെന്നൊന്നും അർത്ഥിക്കരുത് അതൊരു പ്രതീകാത്മകമാണ് മനസ്സിലായില്ലേ ആളുകൾ ഇതൊക്കെ സൂക്ഷ്മമായി മനസ്സിലാക്കാതെ കൊണ്ടു നടന്നു കളയും അതാണ് അതിനുള്ളൊരു അബദ്ധം നമ്മുടെ മനസ്സിനെ തന്നെ ആരായി കാണണം ഗോവർദ്ധനം നിങ്ങൾ രാവിലെ നേരത്തെ എണീറ്റ് കുറച്ചു നേരം ധ്യാനവും പ്രാണായാമവും അതുപോലെ തന്നെ വിഷ്ണുവും സഹസ്നാമവും ഇങ്ങനെയൊക്കെ ചൊല്ലി നിങ്ങളുടെ മനസ്സിനെ ക്രമേണ ക്രമേണ ഭഗവാൻ സംസ്കാരത്തിലേക്ക് ഉയർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും മനസ്സ് പറയും നിങ്ങളോട് ഇതിലൊന്നും തളരേണ്ട ആവശ്യമില്ല ഇതെല്ലാം ആകമാ പായിനോ അനിത്യാഹ ഇത് വരും ഇത് പോവും എന്നല്ലതാം നമുക്ക് സൂക്ഷ്മമായി കാണാൻ സാധിക്കും ഇതൊക്കെയാണ് ആധ്യാത്മികതയുടെ സൂക്ഷ്മത ഇത് മനസ്സിലാക്കി നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ശരിയായ ഈശ്വര നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന് മാത്രമല്ല എല്ലാ ദിവസവും നിങ്ങൾക്ക് ഗോവർദ്ധന പൂജ ചെയ്യാൻ പറ്റും ഏത് ഗോവർദ്ധനത്തെ മനസ്സാകുന്ന ഗോവർദ്ധനത്തെ നിങ്ങൾ പൂജിച്ചാൽ ജീവിതത്തിലൊരു ദുരന്തം വരുമ്പോൾ ഗോവർദ്ധനം നിങ്ങളെ സംരക്ഷിക്കും ഗോവർദ്ധനം ഉയർന്ന് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരും മനസ്സിലാവുന്നുണ്ടല്ലോ ഇപ്രകാരം പറഞ്ഞ് ഈ കഥയും പറഞ്ഞ് വിസ്മരിപ്പിച്ചു ഇനിയാണ് ഗോവിന്ദാഭിഷേകം ഇന്ദ്രന് തെറ്റ് മനസ്സിലായി ഇന്ദ്രൻ വന്ന് ഭഗവാന്റെ പാദത്തിൽ വീണ് തന്റെ സുരഭി എന്ന് പറയുന്ന പശുവിനെയും കൊണ്ടുവന്ന് പാല് ചുരത്തി അഭിഷേകം ചെയ്യുന്ന അഭിഷേകമാണ് ഗോവിന്ദാഭിഷേകം വിശ്വേഷരം താമഭിമത്യവിശ്വേ നന്ദംകമന്ന വൃച്ഛൻ ഗോപലോക ശൈലോദ്ധരണി രൂപം ആ ശൈലത്തെ ഭഗവാൻ എടുത്തുയർത്തിയതും അതുപോലെ തന്നെ പൂതന തുടങ്ങിയിട്ടുള്ളവരൊക്കെ വധിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഗോപന്മാര് തവ ഉച്ചീ പ്രഭാവം ഭഗവാന്റെ പ്രഭാവം എന്തോ പ്രഭാവമുണ്ട് ഈ കൃഷ്ണന് എന്നത് സമയത്ത് നന്ദഗോപുര് പറഞ്ഞു പണ്ട് ഗർഗാചാര്യൻ പറഞ്ഞിട്ടുണ്ട് നാരായണ സമൂഹ ഗുണയിൽ ഈ കുട്ടി നാരായണന് തുല്യമാണെന്ന് അന്ന് പറയേണ്ടായി ഇപ്പെനിക്ക് മനസ്സിലാവണോ വിശ്വേശ്വരം ഈ കുട്ടി മറ്റാരുമല്ല വിശ്വത്തിന്റെ ഈശ്വരൻ തന്നെയാണ് ഇത് മനസ്സിലാക്കി അഭിമത്യ നന്ദം ഭവൽജാതകം എന്റെ പുരുഷൻ ആ നന്ദഗോപുരോട് അവിടുത്തെ ജാതകത്തെക്കുറിച്ച് ഗർഗാചാര്യർ പറഞ്ഞതെല്ലാം ചോദിച്ചു അപ്പൊ നന്ദഗോപുര് പറയാണ് ഗർഗോദിതോ നിർഗദരിതോ നിജായ പൂർവാദികതാവൽ ബഹുമാനഭാര പണ്ട് ഗർഗാചാര്യര് തന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തപപ്രഭാവ വർഗായ ഇതെല്ലാം തന്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ട് അങ്ങനെ ആ ഗോപന്മാർക്ക് പണ്ടുള്ളതിനേക്കാളൊരു ആദരവും ബഹുമാനവും കൃഷ്ണനോട് തോന്നിയെന്നാണ് പണ്ടെല്ലാം ഫ്രണ്ട്ഷിപ്പായിരുന്നു തങ്ങളെപ്പോലൊരു സുഹൃത്ത് അത്രേ കണ്ടുള്ളൂ നന്ദഗോപുലപുത്രൻ എന്നാലും ചെറിയൊരാദരവുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ജഗദീശ്വരൻ തന്നെ വിശ്വേശ്വരൻ തന്നെ എന്ന് മനസ്സിലാക്കിയപ്പോ താവൽ ബഹുമാനപാന കൃഷ്ണനോട് കൂടുതലൊരു ബഹുമാനം അവർക്ക് വർദ്ധിച്ചു എന്നിട്ടോ തദോപമാനോദിതത്വബോധ സ്വരാതിരാജസക ഉമേത്യതുഷ്ടാവസരുവാ പദാബ്ജം മണിമൌലിനാതേ ദേവേന്ദ്രനാണെങ്കിലോ സ്വരാതിരാജ അവമാനോദിത തത്വബോധം ഭഗവാന്റെ തത്വം മനസ്സിലാക്കിയ മഹാത്മ്യം മനസ്സിലാക്കിയ മഹത്വം മനസ്സിലാക്കിയ ദേവേന്ദ്രൻ അവമാനഭാരത്താൽ ഇങ്ങനെ ഭഗവാനെ നിന്ദിച്ചുവല്ലോ ഞാൻ എന്ന കുറ്റബോധത്താൽ അങ്ങോട്ട് കടന്നുവന്ന് നഷ്ടകരവാ താമുപേത്യ മണിമൗലിനേ പദാബ്ദം തന്റെ കിരീടം കൊണ്ട് ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ചു പിന്നിട്ടോ സ്ഹസ്തു സ്ഹശ്തൈസ്വാം സുരവിപ്രയോ ഗോവിന്ദിതമഭ്യശിഞ്ഞൽ ഐരാവതോ ആഹൃത ദിവ പാദോരിന്തോജാഹർ ഗോവിന്ദമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി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 ഗോവി ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഹരി ഗോവിന്ദ ഹരി ഗോവി ഹരി ഹരി ഗോവി ഹരി ഗോവി ഹരി ഹരി ഗോവി ഹരി ഗോവി ഹരി ഗോവിത്ര ഗോവിമ സങ്കേതം ം സുരഭിയോടുകൂടി വന്ന ഇന്ദ്രൻ സുരഭിസ്നേഹസ്തുവം ഗോവിന്ദൽ കാമതേനു ഭഗവാൻ ഭഗവാന്റെ പാദങ്ങളിൽ പാലുകൾ ചുരത്തിക്കൊണ്ട് ഗോവിന്ദിഷേ ഗോവിന്ദ നാമസ്മരണത്തോടുകൂടിയിട്ട് അഭിഷേകം ചെയ്തുവെന്നാണ് ഇപ്രകാരം പല തീർത്ഥങ്ങളിൽ നിന്നും കൊണ്ടുവന്ന തീർത്ഥങ്ങളെ കൊണ്ടൊക്കെ ഭഗവാനെ അവര് പൂജിച്ച് ഐരാവതമാണെങ്കിലോ ദിവ്യഗംഗോപാദോഭി ഗംഗയിലെ വെള്ളം കൊണ്ട് ഭഗവാനെ അഭ്യശിഞ്ചൽ അഭിഷേകം ചെയ്തു ഇപ്രകാരമൊക്കെ അവര് ഗോവിന്ദാഭിഷേകം കൊണ്ടാടി ഭഗവാനെ ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഗോവിന്ദാഭിഷേകം ഇന്ദ്രയാഗം ആദ്യം നടന്നു ആ ഇന്ദ്രയാഗത്തെ ഭഗവാൻ മുടക്കി അത് ഗോവിന്ദ് എന്താണ് ഗോവർദ്ധന പൂജയാക്കി മാറ്റി ഗോവർദ്ധന പൂജ കഴിഞ്ഞപ്പം ഇന്ത്യൻ അഹങ്കാരം കൊണ്ട് വർഷം ഒഴിച്ചു ആ വർഷം കൊണ്ട് ഭഗവാൻ ഗോവർദ്ധനത്തെ ഉയർത്തിക്കൊണ്ട് ഗോപന്മാരെ രക്ഷിച്ചു ഇപ്പോഴിതാ അതേ ഇന്ദ്രൻ ഭഗവാന്റെ പാദത്തിൽ വന്ന് വീണ് നമസ്കരിച്ച് സുരഭിയെക്കൊണ്ടും അതുപോലെ തന്നെ ഐരാവതത്തെക്കൊണ്ടും ഭഗവാന്റെ പാദങ്ങളെ എന്താണ് അഭിഷേകം ചെയ്തുകൊണ്ട് അനുഗ്രഹീതനായത് എന്താ ഇതിലൂടെയൊക്കെ നമ്മൾ അർത്ഥം മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ അഹന്തയാണ് ഇന്ദ്രൻ ആ ഇന്ദ്രൻ തനിക്ക് തോന്നിയതൊക്കെ ചെയ്യും അതുപോലെ തന്നെ തനിക്ക് വേണ്ടതൊക്കെ നേടിയെടുക്കാനുള്ള ആഗ്രഹത്താല് അഹങ്കാരത്തിന് പലതും നേടണമെന്നുണ്ട് അതിനുവേണ്ടിയിട്ട് പലതും കാര്യങ്ങളും ചെയ്തു നോക്കും എന്നാൽ ഇന്ദ്രനെയല്ല പൂജിക്കേണ്ടത് ശാസ്ത്രങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കും പൂജിക്കേണ്ടത് പ്രകൃതിയാണ് ശരീരത്തിനെയല്ല നമ്മൾ പൂജിക്കേണ്ടത് പൂജിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെ പൂജിക്കണം ചുറ്റുപാടിനെ പൂജിക്കണം ഈ നിലനിൽപ്പ് ഭൂമിയാദികളെ പൂജിക്കണം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പൂജ ചെയ്തപ്പോൾ ഒരു ദുരന്തം വരുന്ന സമയത്ത് മനസ്സിനെ ഉയർത്തിക്കൊണ്ട് അവസാനം നമ്മുടെ മനസ്സിനെ എങ്ങോട്ട് അഭിഷേകം ചെയ്ത് സമർപ്പിക്കണം ഭഗവാന്റെ പാദങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നത് തന്നെയാണ് ഗോവിന്ദ അഭിഷേകം എന്ന് പറയുന്നത് എന്നിട്ടോ ജഗത്രയേജേ ുലേ തദാഭിഷിക്തേ തതി ഗോപവാട് നാഗേവിഡപദേ ക്ഷേയം പ്രഭേ ഭവതപ്രഭാവാൾ ഇപ്രകാരം ഭഗവാനെ അഭിഷേകം ചെയ്ത സമയത്ത് അഭിഷിക്തമായപ്പോ ഗോപവാട ഭവതപ്രഭാവാൾ നാഗേ ആ ഗോപന്മാരുടെ ഒരു ഭാഗ്യം നോക്കണം സ്വർഗത്തിനേക്കാളും ശ്രേഷ്ഠത ആ മനോഹരമായിരിക്കുന്ന വൃന്ദാവന ഭൂമിയിൽ ഉണ്ടായെന്ന് പറയാണ് സാക്ഷാൽ ഭഗവാനെ വൈകുണ്ഠത്തിൽ അഭിഷേകം ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായൊരു അനുഭൂതിയാണ് വൃന്ദാവനത്തിൽ വച്ച് ഗുരുവായൂരപ്പനെ ഗോവിന്ദാഭിഷേകം ചെയ്തപ്പോ ആ വൃന്ദാവനത്തിൽ ഉണ്ടായത് ഇപ്രകാരം കഥാചിതന്തനം പ്രഭാതേ സ്നായൻ പിതാവുണപൂരുഷേണ നീതസ്തമാനീതു മകാപുരിം ത്വാം വാരുണിം കാരണമർത്യരൂപ ഒരിക്കൽ പ്രഭാത ആയെന്ന് തെറ്റിദ്ധരിച്ച് സൂര്യോദയത്തിന് മുമ്പ് തന്നെ കഥാജിത് പ്രഭാതെ അന്തരിയമുനാം സ്നായൻ കുളിക്കാൻ വേണ്ടി യമുനാനദിയിൽ പോയി ആര് പിതാവായ നന്ദഗോപുരൻ അവിടെ വെച്ചോ വാരുണപൂരുഷേണ നീത ഒരു വരുണന്റെ ആള് വന്ന് അച്ഛനെ പിടിച്ചുകൊണ്ടുപോയി ഭഗവാനെന്ത് ചെയ്തു തും താതം മാനീതും വാരുണിൻ പൊരിയും ഭഗവാനെന്ത് ചെയ്തു അച്ഛനെ പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടി വരുണലോകത്തിലേക്ക് ചെന്നു എന്നിട്ടോ സസംഭ്രമം തേണ ജലാതിവേന പ്രഭോജിതം പ്രഗ്യതാദം ഉപാഗതമാത്മഗേഹം പിതാവതരിതം നിജേവ്യം ആകെ പേടിച്ചുപോയി ഭഗവാൻ അവിടെ ചെന്നപ്പോൾ വരുടാൻ വേഗം ഭഗവാനെ ഇരുത്തി കാലുകളൊക്കെ വെള്ളമൊഴിച്ച് ഭഗവാനെ അഭിഷേകം ചെയ്ത് മാലകളൊക്കെ ചാർത്തി ഒരു ചന്ദനൊക്കെ തൊട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു വളരെ വിഐ പി ഭഗവാനെ ട്രീറ്റ് ചെയ്യുന്നത് കണ്ടപ്പോഴാണ് അച്ഛന് മനസ്സിലായത് എന്റെ മകൻ മോശക്കാരനല്ല എന്ന് പിന്നെ അവർ രണ്ടുപേരും അവിടെ നിന്ന് തിരിച്ച് നന്ദഗോപുരകൂട്ടി വീട്ടിൽ വന്നപ്പോ അപ്പോഴാണ് നന്ദഗോപുര എല്ലാവരോടും പറയുന്നത് ഞാനൊരു ഷോർട്ട് വിസിറ്റിന് ഒന്ന് പോയി ആളുകൾ സ്റ്റേറ്റ്സിൽ പോകുന്ന പോലെ വരുടെ ലോകത്തിനൊക്കെ ഒന്ന് പോയി ഓ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് എന്ന് ഓ എന്റെ മകന്റെ ഒരു പ്രഭാവം നോക്കണേ എത്ര ശ്രേഷ്ഠമായ പ്രഭാവമാണ് ഇങ്ങനെ ഭഗവാന്റെ മഹിമ അച്ഛനും മനസ്സിലാക്കി ൃഷ്ണാൻ ദുരാപമന് ഭഗവാനോട് അനന്തമായ ആദരവും ബഹുമാനവും അതുപോലെ പ്രേമവും കൂടിയ ഗോപന്മാർക്ക്ബദ്ധ ദൃഷ്ണൻ ഭഗവാന്റെ മഹിമ ഭഗവാന്റെ വൈകുണ്ഠ മഹിമ മനസ്സിലാക്കാൻ അതീവമായൊരു താല്പര്യം വന്നപ്പോ ഭഗവാൻ അവർക്ക് വിഷ്ണോ പരമം പദം തൽ ദുരാപം സാധാരണക്കാർക്ക് ദുരാപമായ പ്രാപിക്കാൻ പ്രയാസകരമായ പരമമായ പദത്തെ വൈകുണ്ട പദത്തെ ആർക്ക് കാണിച്ചു കൊടുത്തു ഭഗവാന്റെ മഹിമയെ ഗോപന്മാർക്കെല്ലാം ഭഗവാൻ കാണിച്ചു കൊടുത്തു ഇപ്രകാരംപരാണന്തരസപ്രവാഹ പ്രപൂർണ കൈവല്യ മഹാപയോദോ ിരം നിമഗ്നാകലു ഗോപസംഗര ആ ഗോപന്മാർക്ക് ആ സ്ഫുരൽ പരാനന്ദ പരപ്രകാശം അവര് ലോകത്തെ മറന്നു ആ പരമമായ സച്ചിദാനന്ദ അനുഭൂതിയിൽ ആത്മാനുഭൂതിയിൽ അവര് നിമഗ്നരായി സ്ഫുരൽ പരാനന്ദ രസപ്രവാഹപൂർണ്ണ കൈവല്യപ്പയോധു അവര് അനുഭൂതിയുടെ ആ ലോകത്തിലേക്ക് അല്ലെങ്കിൽ ആ സാഗരത്തിലേക്ക് നിമഗ്നമായപ്പോ ഭഗവാൻ അവരെ നിമഗ്നന്മാരായ അവരെ വീണ്ടും ഉണർത്തിക്കൊണ്ടുവന്നു ഒരു പെട്ടെന്ന് അവർക്കെന്താണ് ഒരു മായ പോലെ തോന്നിയെന്നാണ് രാമകൃഷ്ണ പരമംസറിന്റെ അടുത്തിരിക്കുമ്പോൾ വിവേകാനന്ദ സ്വാമികൾക്കും ഇങ്ങനെ അനുഭൂതി വരും അദ്ദേഹം ഒരു സമാധിയിൽ അങ്ങനെയിരിക്കും മനസ്സ് തന്നെ ഏതോ അനുഭൂതിയിലേക്ക് പ്രവേശിച്ച പോലെ പിന്നെയാണ് പറയുന്നത് ഇനി നിലക്കത് അനുഭവിക്കാൻ സാധ്യല്ല എന്ന് ഇനി നീ ലോകത്തിലെ സേവിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞ് വിവേകാനന്ദ സ്വാമികളെ പറഞ്ഞയച്ചു എന്നുള്ളൊരു കഥ കേട്ടിട്ടുണ്ട് ഇതുപോലെ ഗോപന്മാർക്കും അല്പനേരത്തേക്ക് ഭഗവാൻ തന്റെ പരിപൂർണമായ മനസ്സെല്ലാ ചിന്തകളും വിട്ട് ഒരു പൂർണ്ണ അനുഭൂതിയിൽ ലയിച്ചിരിക്കുന്ന ഒരു അനുഭൂതിയുടെ ലയം അവർക്ക് അനുഭവിപ്പിച്ചു കൊടുത്തു പറയാം ഉടനെ തന്നെ ഭഗവാൻ അതിൽ നിന്നും ആ മതി വന്ന് കയറിക്കോളൂ എന്ന് പറഞ്ഞു അവരെ ഉണർത്തി അവരൊരു മായ പോലെ അതനുഭവപ്പെടുത്തു ഇപ്രകാരം കരവതരദേവം ദേവപുത്രാവതാരേ പരമ പരപദവനാപ്യംിതം ഭക്തിവാചികൂപി തങ്കി സാക്ഷാത് പരാത്മാ പവനപുര നിവാസിമാ ഇപ്രകാരം അനവാപ്യം പരമപദം എല്ലാവർക്കും സാധാരണക്കാർക്ക് പ്രാപിക്കാൻ പ്രയാസകരമായ പരമപദത്തെ കരപദവനൽ കരത്തിൽ വെച്ചിരിക്കുന്ന ബദരഫലം പോലെ ഉദാഹരണത്തിന് നെല്ലിക്ക പോലെ എന്ന് വെച്ചോളൂ ഒരു കയ്യിൽ നെല്ലിക്ക വലം വെച്ച പോലിരിക്കെ പോലെ അത് നിരതിശായികളായിട്ടുള്ള ആളുകൾക്ക് ഭക്തിവാചാം ആരാണോ പരമപ്രേമത്തോടെ തന്നിലേക്ക് അടുക്കുന്നത് അവർക്ക് അനുഭവിപ്പിച്ചു കൊടുത്ത ഈ ഗുരുവായൂരപ്പ കുത്ര അവതാരെ ഏതവതാരത്തിലൊക്കെ ഉണ്ടായിട്ടുള്ളത് ഒരു അവതാരത്തിലും കാണാൻ സാധ്യല്ലോ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്രകാരമുള്ള പരമാത്മാവായിരിക്കുന്ന ഗുരുവായൂരപ്പ അവിടുന്ന് എന്റെ ഉള്ളിലുള്ള താപത്തെ മുഴുവൻ തീർത്ത് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറയുന്ന ഭാഗമാണ് ഇവിടെ നമ്മൾ ഉപസമരിപ്പിച്ചിരിക്കുന്നത് അപ്പോ ഭഗവാന്റെ ഗോവർദ്ധനോദ്ധാരമെന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മുടെ മനസ്സിനെ നമ്മൾ കൊണ്ടു മനസ്സ് നമ്മളെയും കൊണ്ടു എന്താ മനസ്സിനെ കൊണ്ടു എന്ന് പറഞ്ഞാൽ നാം സുഖദുഃഖങ്ങളെയെല്ലാം ജയപരാജയങ്ങളെയെല്ലാം ലാഭനഷ്ടങ്ങളെയെല്ലാം മാനാപമാനങ്ങളെയെല്ലാം ഈശ്വരപ്രസാദമായി കാണാൻ തുടങ്ങിയാൽ മനസ്സ് ബാലൻസ്ഡ് ആവും സുഖത്തിലും മനസ്സ് കൂടുതൽ രമിക്കില്ല ദുഃഖത്തിലും കുടുങ്ങില്ല ദുഃഖം വരുമ്പോഴും മനസ്സ് പറയും ഇതും ഭഗവാന്റെ നിശ്ചയം സുഖം വരുമ്പോഴും മനസ്സ് പറയും ഭഗവാന്റെ നിശ്ചയം ഇങ്ങനെ നമ്മൾ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മനസ്സ് ബാലൻസ് വരും ഈ ബാലൻസ്ഡ് മനസ്സിനെയാണ് ഭഗവാൻ സമാധി എന്ന് പറയുന്നത് സിദ്ധ്യസിദ്ധ്യോ സമോപുത്വ സമത്വം യോഗ കുറ്റതേ സമത്വം യോഗ സമത്വ ബുദ്ധി വരും സുഖതുക്കേ സമയകൃത്വ ലാഭാലാഭോ ജയാജയോ തതോ യുദ്ധായുജസ്വ നൈവം അവർക്ക് പാവങ്ങളില്ല അങ്ങനെ ഒരാൾ മനസ്സിനെ കൊണ്ടു നടന്നാൽ ഇതിനെയാണ് മനസ്സിനെ കെയർ ചെയ്യുക ഇനി വല്ല ദുരന്തങ്ങളും വന്നാൽ ആ മനസ്സ് നമ്മളെ തളർത്തില്ല കാരണം ബാലൻസ് നേടിയ മനസ്സ് എപ്പോഴും അത് എങ്ങനെയായിരിക്കും ബാലൻസ്ഡ് ആയിരിക്കും നിങ്ങൾക്ക് നല്ലവണ്ണം ഡ്രൈവിംഗ് അറിയുന്നുണ്ടെങ്കിൽ ബാലൻസ്ഡായിട്ട് നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രാഫിക്കും നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല ഉണ്ടോ എത്ര വലിയ ആക്സിഡന്റ് നിങ്ങളുടെ മുന്നിൽ സംഭവിച്ചാലും നിങ്ങൾ നേർവസ് ആവില്ല ഉണ്ടോ കാരണം നിങ്ങൾക്ക് അത്രമാത്രം വണ്ടികര മുള്ളൊരു കോൺഫിഡൻസ് കൺട്രോൾ ഉണ്ടായിരിക്കും ഇതുപോലെ നമുക്ക് മനസ്സിനെ കെയർ ചെയ്യാൻ സാധിച്ചാൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആ മനസ്സ് നമ്മളെ തളർത്തുകയില്ല അതിനെന്ത് വേണം ഗോവിന്ദനാമാഭിഷേകം ദിവസവും ചെയ്യണം മനസ്സിനെ കൊണ്ട് ഗുരുവായൂരപ്പരെ നാമസങ്കീർത്തനാഭിഷേകം ചെയ്യണം അങ്ങനെ നമ്മുടെ മനസ്സ് നിരന്തരം ഒരു നാമസങ്കീർത്തനാഭിഷേകം ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ അഹങ്കാരം എന്ന് പറയുന്നത് വിനയാന്വതമായി തീർന്ന് ആരാണ് അഹങ്കാരം ഇന്ദ്രൻ വിനയാന്വിതമായി തീർന്ന് ഭഗവാന്റെ ഭക്തനാണ് ദാസനാണെന്ന ബോധത്തോടുകൂടി ജീവിച്ച് ധന്യമായൊരു ജീവിതം നയിക്കാൻ നമ്മളെ അനുഗ്രഹിക്കും നമ്മളെ ധന്യമായ ജീവിതം നയിക്കാൻ അനുഗ്രഹിക്കേണ്ടത് ബുദ്ധിയും മനസ്സുമാണ് ബുദ്ധിക്ക് വിവേകം വേണം ഞാൻ ഭഗവാന്റെ ദാസനാണ് അതുപോലെ ബുദ്ധിക്ക് വിവേകം വേണം എന്ത് അനുഭവങ്ങൾ വന്നാലും അത് ഭഗവാന്റെ പ്രസാദമായി സ്വീകരിക്കണം അങ്ങനെ നമ്മൾ കൊണ്ടുനടന്നാൽ മനസ്സെപ്പോഴും എങ്ങനെയിരിക്കും ബാലൻസഡ് ആയിരിക്കും ആ ബാലൻസ്ഡ് മൈൻഡുള്ള ഒരാൾക്ക് ഭഗവാനെ എളുപ്പം പ്രാപിക്കാം എന്നാണ് ഗീതയിൽ പറയുന്നത് ഗീതയിൽ ഭഗവാൻ വ്യക്തമായി പറയുന്നുണ്ട് ഈ കാര്യം ശ്രദ്ധിക്കണേ പറയാണ് ആരാണോ എന്റെ തത്വത്തെ ഉപാസിക്കുന്നത് അവര് സംയമേന്ദ്രിയാത്മ സംയമനം ചെയ്ത് ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്ത് ഉള്ള ആളാണെങ്കിൽ സർവത്ര സമബുദ്ധയ മനസ്സ് സമബുദ്ധിയുള്ളവരാണെങ്കിൽ സമസമ നേടിയിട്ടവരാണെങ്കിൽ തേ അവര് നിവശിച്ചന്തി മാമേവ എന്നിൽ തന്നെ നിവസിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്രകാരം ഭഗവാനിൽ നിവസിക്കാൻ നമുക്ക് എന്ത് വേണം ബാലൻസ്ഡായ ഒരു മനസ്സ് വേണം അതിന് നമ്മളെ ബുദ്ധിയെ കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സിനെയാണ് പലപ്പോഴും നമ്മളിതൊന്നും അറിയാതെ നമ്മൾ കുറെ അന്ധവിശ്വാസത്തിന്റെ രീതിയിൽ അങ്ങനെ പോവാണ് ഭക്തി എന്നും പറഞ്ഞിട്ട് ഇതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ ജീവിച്ചാൽ നമ്മൾ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിച്ചാൽ ആ പ്രകൃതി നമ്മളെ സംരക്ഷിക്കും പിന്നെ ഇവിടെ ജീവിതത്തിൽ ദുഃഖവും ദുരന്തവും ഉള്ളത് നമ്മൾ അത് ശ്രദ്ധിക്കാതെ ബാക്കികൾ ശ്രദ്ധിക്കാൻ ഓടുന്നോണ്ടാ കുഴപ്പം മനസ്സിലായില്ലേ അങ്ങനെയാണ് ആളുകൾ കൺഫ്യൂഷനാക്കുന്നതെല്ലാം ശാസ്ത്രീയമായി മനസ്സിലാക്കൂ ഇനി ഇവിടെ നിന്നങ്ങോട്ട് ഭഗവാൻ ഗോപികമാരുത്യ ആടിയ വ്യാസലീല വർണ്ണനയാണ് ഭട്ടതിരിപ്പാട് വളരെ വളരെ ബുദ്ധിമാനാണ് യാതൊരു സംശയമില്ല നിങ്ങൾ നാലാം പ്ലസ് കന്ധം നോക്കിക്കഴിഞ്ഞാൽ അവിടെ തുടങ്ങുന്നത് ദക്ഷന്റെ കഥയിലാണ് ഏഴ് അധ്യായത്തിലൂടെയാണ് വ്യാസഭഗവാൻ പരീക്ഷിത്വ മഹാരാജാവൻ ശ്രീ വിശ്വബ്രഹ്മശീലൂടെ ദക്ഷ കഥ പറഞ്ഞു കൊടുക്കുന്നത് ഏഴ്യായം അത് ഭട്ടതിരിപ്പാടിന് ചുരുക്കാൻ ഒരു ശ്ലോകം വേണ്ടി വന്നുള്ളൂ മനസ്സിലായില്ലേ ഭക്തശ്ലോകം എന്നാൽ ഭട്ടുതിരിപ്പാണ് വ്യാസഭഗവാൻ ഭാഗവതത്തിൽ രാമായണം രണ്ട് അധ്യായത്തിലൂടെയാണ് പറയുന്നത് നാരായണീയത്തിലും രാമായണം പറയാൻ രണ്ടു ദശകെടുത്തു വളരെ ശ്രദ്ധിച്ചു ഇനി വ്യാസഭഗവാൻ ഭാഗവതത്തിൽ രാസലീല പറയുന്നത് അഞ്ച് അധ്യായത്തിലൂടെയാണ് ഭട്ടുതിരിപ്പാടും വിട്ടില്ല അദ്ദേഹവും രാസലീല പറയുന്നത് അഞ്ച് ദശകത്തിലൂടെയാണ് അതിമനോഹരമായി പക്ഷേ ചില വ്യത്യാസങ്ങൾ അവിടെയും ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും രാസലീലയില് ഭാഗവതത്തിലുള്ള രാസലീലയിലെ ഗോപികാഗീതം ഭഗവാൻ മറഞ്ഞതിനു ശേഷമാണ് ഗോപികമാർ പാടുന്നതെങ്കിൽ നാരായണീ ത്തിലെ ഗോപികാഗീതം ഭഗവാൻ പ്രകടമായതിനുശേഷമുള്ള ആനന്ദ ഉത്സവമായിട്ടാണ് അവർ പാടുന്നത് ഒന്ന് വിരഹത്തിന്റെ വേദനയിൽ പാടുന്നു രണ്ടാമത്തത് സമ്പത്ത് കിട്ടിയതിന്റെ സന്തോഷത്തിൽ പാടുന്നു ഈ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതായാലും നമ്മൾ രാസലീലേക്ക് കടക്കുന്നു ദശകം അറുപത്തഞ്ച് ഗോപീനായ കഥിതം നിയമാവസാനേ മാത്സവം പ്രവൃത്ത സാന്ദ്രേണാന്ദ്രമഹസാശിശിരീകൃതാശേ പ്രാഭൂരയോ മുരളിഗം യമുനാവനന്ദേ ഗോപീജനായ നിയമാവസാനേ കഥിതം അന്ന് ഭഗവാൻ ഗോപികമാരോട് അവരുടെ വ്രതം അവസാനിപ്പിക്കുന്ന ദിവസം പറയണ്ടായി നിങ്ങളുടെ ഉള്ളിലെ കാമം പൂർത്തീകരിക്കാൻ നിലാവുള്ള രാത്രികൾ മറുപടി പറയുന്ന ഇന്നിതാ അങ്ങനെ ഒരു സമയം വന്നിരിക്കുന്നു മാരോത്സവം സാധയിതും പ്രവർത്ത അവന്റെ ഉള്ളിലുള്ള കാമ തീവ്രതയെ കാമാതുരതയെ ഭഗവാൻ ശാന്തമാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു സാന്ദ്രേണ ചാന്ദ്രമഹസ പൂർണ്ണനിലാവുള്ള ഒരു രാത്രിയിൽ പൗർണമിയിൽ ഭഗവാൻ യമുനാവനാന്തേ യമുനാതടത്തിൽ ചെന്ന് മുരളിക മുരളിയെടുത്തുകൊണ്ട് ഓതാൻ തുടങ്ങി ഇപ്പോ മുരളി വിളിക്കുന്നത് വളരെ വളരെ ഭഗവാൻ അറിയാൻ ശ്രദ്ധിച്ചിട്ടാ ചെയ്യുന്നത് നേരത്തെ മുരളി വിളിക്കുന്നവർക്ക് സമയം പോകാനാണ് സന്തോഷം എല്ലാവർക്കും സന്തോഷം കൊടുക്കാനാണ് ഇപ്പോ മുരളി വിളിക്കുന്നത് തന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഗോപികമാരെ തന്റെ അടുത്തേക്ക് വിളിക്കാനാണ് അവരുടെ ഉള്ളിൽ മതനവേദന ഉണ്ടാക്കുന്ന കാലമാണ് ഭഗവാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് കേട്ടതും സമ്മൂർച്ചനാവിരുതി സമ്മൂർച്ചയന്തമകിലും ഭുവനാന്തരാളം തൊൽവേണുനാഥമുപകർണ്യ വിഭോതരുണ്യ തത്താദൃശം കമവിചിത്ത വിമോഹമാപൂ ആ സുന്ദരിമാരായ ഗോപികമാരുടെ മനസ്സിനെ മതിപ്പിക്കുന്ന തരത്തിലുള്ള വേണുഘാതം ഗാനം കേട്ടപ്പോ ആ ഭുവനം തന്നെ കുതിച്ചുപോയിതാണ് ഒന്ന് മോഹിച്ചുപോയി അത്രമാത്രം അതിലേക്ക് അങ്ങോട്ട് ലയിച്ചുപോയി തൊൽവേണുനാഥമുപകർണ്യ ആ വേണുനാഥൻ കേട്ടതും തരുണി ചിത്തമോഹമാഭൂ ആ തരുണികളുടെ ചിത്തം പതനവേദന കൊണ്ട് ആകെ ഇളകി മറഞ്ഞ് പരവശ്യത്തിലായിരുന്നു എന്നിട്ടോ അവരെന്ത് ചെയ്തു താഗേഹകൃത്യനിരതാ പ്രസക്ത സർവം വിസജ കാന്താരദേശമൈ കാന്തതനോ ആ ഗോപിയമാർ ഗേഹകൃത അവര് ഗേഹകൃതത്തിൽ വീട്ടിലെ കാര്യങ്ങളിൽ നിരതരായിരുന്നു തനയപ്രസക്ത കുട്ടികളെ പരിപാലിക്കുകയായിരുന്നു കാന്തോപസേവന കാന്തനെ സേവിക്കുകയായിരുന്നു ഭർത്താവിനെ സേവിക്കുന്നവരായിരുന്നു ഇതെല്ലാം മുരളീരവമോഹിത ആ മുരളീഗാനം കേട്ട് മോഹിതരായ അവർ സർവം വിശ്രദ്ധ്യ നോക്കണേ അവരുടെ ഒരവസ്ഥ കുട്ടിയെ പാലോട്ടിക്കൊണ്ടിരുന്നവർ കുട്ടിയെ താഴെ ഇട്ടു ഭർത്താവിന് ചോറ് കൊടുത്തുകൊണ്ടിരുന്നവർ പറഞ്ഞു അത്രയേക്ക് മതി കഴിച്ചതെന്നും അതവിടെ ഇട്ടു അങ്ങനെ ഗൃഹകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഗോപികമാര് അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവരെങ്ങോട്ടാ ഓടുന്നത് കാന്താരദേശം കാന്തനിരിക്കുന്ന ദേശം അതാണ് കാന്താരദേശം ആര് തങ്ങളുടെ കാന്തനായിരിക്കുന്ന കൃഷ്ണന്റെ അടുത്തേക്ക് അവരോടാൻ തുടങ്ങി കാസിൽ നിജാംഗപരിഭൂഷണമാതദാന വേണോ പ്രണാദമവകന്യഗതാർത്ഥഭൂഷ േത്തോദനായ ചിലര് വൈകുന്നേരമാണല്ലോ ജോലിയൊക്കെ കഴിഞ്ഞ് കുളിക്കുന്നുണ്ടാവാം കുളി കഴിഞ്ഞിട്ട് കുറച്ച് ആഭരണങ്ങളൊക്കെ ധരിക്കുന്നുണ്ടാവാം ആഭരണങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ആഭരണങ്ങൾ നിജാംഗ പരിഭൂഷണമാതധാന അവരിങ്ങനെ ആഭരണങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് പകുതിയാക്കി വെച്ച് അങ്ങയുടെ അടുത്തേക്ക് എവിടെ ആ ഭഗവാന്റെ അടുത്തേക്ക് ഓടാൻ വേണ്ടിയിട്ടുള്ള തുരയില് ആ ശ്രദ്ധയില് എന്താണ് ഏതാണ് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പോലും മറന്നുപോയി അത്രമാത്രം അവരുടെ മനസ്സ് വളരെ ശക്തമായി എപ്രകാരമാണോ ഒരു കാറ്റിന്റെ തീവ്രതയിൽ ചെടികളെല്ലാം താഴ്ന്നു പോകുന്നത് ഇവിടെ ഒരു കാന്തത്തിന്റെ ആകർഷണത്തിലേക്ക് ഇരുമ്പ് അടുക്കുന്നത് അത്ര ശക്തിയിലാണ് അവരുടെ മനസ്സ് കൃഷ്ണനിലേക്ക് അടുത്തത് പറയുന്നത് എന്നിട്ടോ ചെലവളുടെ കാര്യവും ഹാരം നിതംബുവിജനധാരയന്തിമാഗതാത്വം ഹാരിത്വമാത്മജനകുന്ദീവിശേഷ ഹാരം കഴുത്തിലണിയേണ്ട സാധനം അത് അണിഞ്ഞിരിക്കുന്നത് അരയിലാണ് എങ്ങനെ പറ്റി എന്നറിയില്ല അപ്പൊ അവള് മനസ്സിൽ മനസ്സിലെപ്പം അറിഞ്ഞാണെന്നുള്ള രീതിയിൽ അവൾ കിട്ടിയിട്ടുണ്ടാവുക എന്നിട്ടോ കാജന് കാഞ്ചിൻ കണ്ടപു വിദേശി സമാഗത അരയിൽ കെട്ടേണ്ട സാധനം കഴുത്തിലൂട്ടിട്ടുണ്ട് ഇപ്രകാരം ഹാരിത്തും അവൾ വളരെ സൗന്ദര്യമുണ്ട് എന്നിട്ട് ആ വയറും കാണിച്ചുകൊണ്ടുണ്ട് അവള് കൃഷ്ണന്റെ അടുത്ത് വന്നിരിക്കുന്നു പറയാണ് ഭഗവാന് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവള് അങ്ങനെ ചെയ്തു എന്നാണ് വേറൊരുത്തിയോ കാജിജനജ്ജിത കഞ്ചുളീക വ്യാമോഹദിരക്ഷ്യമാണ് ത്വാമായോതിരുമോ പ്രണയാധിപാരത്തി വേറൊരുത്തിയാണെങ്കിൽ അന്നത്തെ കാലത്ത് സ്ത്രീകൾ ബ്ലൗസൊന്നും ധരിക്കാത്ത കാലായിരിക്കാം അന്ന് ഈ മുകളിലൊരു വസ്ത്രം കെട്ടുന്ന കാലാണ് കഞ്ചുളികം എന്ന് പറയുന്ന മുളക്കച്ചാ പറയണ സാധനം ഇപ്രകാരം അവള് അത് കെട്ടാ മറന്നുപോയി അവൾ അവിടെ നിന്നും വസ്ത്രം ധരിക്കാതെ ഓടി വന്നപ്പോ ഭഗവാൻ ഈ അദ്ദേഹം കവിയും കൂടിയാണല്ലോ പട്ടിതിരിപ്പാട് അപ്പൊ അവളുടെ സ്ഥലങ്ങളൊരു കുംഭമായി കണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്യാൻ വന്നതാണോ എന്നിങ്ങനെ തോന്നിക്കുന്ന വിധത്തിൽ അങ്ങനെ ഒരു അനുഭവം ഭഗവാൻ ഉണ്ടാക്കുന്ന വിധത്തിൽ അവളെത്തിയെന്നാണ് പിന്നീടോ കാജൽ ത്വാമേവദേവഹൃദയം വേറെ ചില ഗോപികമാര് വീട്ടിൽ നിന്ന് ഓടുന്ന സമയത്ത് കാജിൽ ഗൃഹാൻ നിരേതും അപാരയന്ത്യ ഭർത്താക്കന്മാര് വീട്ടില്ല അപ്പോഴേക്കും അവർ വാതിലടച്ചു പറഞ്ഞു ഭഗവാനെ തന്നെ ഹൃദയെ ത്വാമേവ സുദൃഢം വിബോത്യ ഭഗവാനെ തന്നെ മനസ്സിൽ നല്ലവണ്ണം വിഭാവ്യ വിഭാവന ചെയ്തിട്ട് ദേഹം വിതൂയ അവര് ശരീരം ഉപേക്ഷിച്ചു അവര് ധന്യധന്യ ധന്യകൾ തന്നെ എന്നല്ലാതെ എന്താ പറയുക വേറെ ചിലരു ാത്മനാന പരമാത്മതയാ സ്മരന്യോ നാര്യോ ഗത പരമഹംസഗതികാശ പരമാത്മതനും കഥഞ്ച് ചിത്തെ വാസ്തവത്തിൽ ആ ഗോപികമാര് ഭഗവാനെ കാണുന്നത് ജാരാത്മനാത്മ പരമാത്മതയാ പരമാത്മാവായിട്ടൊന്നുമല്ല ആരായിട്ടാണ് ജാരനായിട്ട് കാമുകനായിട്ടാണ് കാമുകിയുടെ കാമുകനായി കണ്ടതുകൊണ്ടായിരിക്കാം ഒരു കാമുകനോട് കാമുകയ്ക്ക് തോന്നാനാവുന്ന അമിതമായൊരു കാമപാരവശ്യം ഈ ഗോപികമാരിൽ കണ്ട് അവരോടി വന്നത് പക്ഷെ ഒന്നുണ്ടായിരുന്നു പറയാന് ഭഗവാൻ അവർക്ക് കാമ തൃഷ്ണ മാത്രമല്ല കൊടുത്തത് തം താം പ്രകാശപരമാത്മതനും ഭഗവാൻ അവരെ കാമത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ട് തന്റെ അന്തരാത്മാവായ പ്രേമത്തിലേക്ക് അവരെ ഉയർത്തി ഇപ്രകാരം അവർ അനുഗ്രഹീതകളായിത്തീർന്നു അബ്യാഗതാവിരവിദോ വ്രജസുന്ദരീ മുഗ്ധസ്മിതാർദ്ധവദന കരുണാവലോകി നിസ്സീമകാന്തി ജലതി സ്തമവേക്ഷ്യമാണോ വിശ്വ ഹൃദ്യഹരമേ അവനേ ചരോഗാന്പുരമായ ഒരു ഭഗവാനെ പ്രാപിക്കണമെന്നുള്ള ഒരു ഉള്ളിലുള്ള അമിതമായ ഒരു ആവേശത്തോടെ ഭഗവാന്റെ അടുത്ത് വന്ന സമയത്ത് ഭഗവാൻ അവരെല്ലാം സ്വീകരിച്ചുകൊണ്ട് അവരെയെല്ലാം അനുഗ്രഹിക്കുന്ന രംഗമാണ് ഇവിടെ പറഞ്ഞപ്പോൾ സമരിപ്പിച്ചത് എന്നിട്ടോ ഇനി ഭഗവാനും ഗോപികമാരും തമ്മിലുള്ള ഒരു സംവാദമാണ്